്രജത്തിൽ ഇന്ദിരപൂജ ചെയ്യാനായിട്ട് നന്ദഗോപുർ ഏർപ്പാടുകളൊക്കെ ചെയ്തു ഭഗവാൻ അച്ഛനോട് ചെന്ന് ചോദിച്ചു എന്തിനുള്ള ഏർപ്പാടാണിത് നന്ദഗോപുരൻ പറഞ്ഞു നമ്മൾ ദേവന്മാർക്ക് അങ്ങനെ ചെയ്യണം ദേവന്മാർ നമുക്ക് തിരിച്ച് വൃഷ്ടിയായിട്ടും മറ്റുമൊക്കെ ഇങ്ങനെ തരും ഇന്ദ്രന്റെ മൂർത്തി രൂപമാണ് മേഘങ്ങൾ വൃഷ്ടിയായിട്ട് നമുക്ക് തരുന്നത് ഭഗവാൻ ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രന് ആരാധന അപ്പോ സാധാരണമായ മീമാംസേന സമ്പ്രദായം മീമാംസാ സമ്പ്രദായം തന്നെ കർമ്മകാണ്ഡത്തു മുഖ്യം കർമ്മമേ ഫലന കൊടുക്കും ഒരു ഈശ്വരൻ ഇരുന്നാൽ കൂടെ കർമ്മ ഫലദാത കർമ്മ ഫലദാതാവാ ഈശ്വരൻ എക്കാർ കർമ്മം ഫലന കൊടുക്കും കർമ്മത്തിലേക്ക് അപൂർവങ്ങ ഫലൻ ഏർപ്പെടും അത് ഈശ്വരൻ കൊടുപ്പർ ആ എതിക്കുന്നത് തന്ന വേദാന്ത മതം കർമ്മക്കിം പരം കർമ്മതം കർത്തഹു ആത്മയ പ്രാപ്യതേ ഫലം ഫലൻ ഈശ്വരൻ കിട്ടേണ്ടി തന്നണമേ തവര് കർമാ ജഡം തർമാവാ ഫലനെ കൊടുക്കൂടവനോട് ഭാവത്തിക്ക് തലൻ ഇങ്ങ ഭഗവാൻ ഇന്ദ്ര ഗർവ ഭംഗത്തക്കാ സമ്പ്രദായത്തെ എടുത്തിണ്ട് നന്ദഗോപാദികൾ കിട്ട് ചിലരാർ അപ്പ ഇന്ദ്രന് കേം പൂജ പണണം ഇന്ദ്രൻ എന്തിനു വേണ്ടി പൂജ ഈശ്വരൻ ഒരാളുണ്ടെങ്കിലും നമ്മൾ കർമ്മം ചെയ്താലേ ഫലം തരുള്ളൂ അസ്ഥി ചെയ്ത് ഈശ്വര കഷ് ചെയ്ത് അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫലം ചെയ്താൽ ഫലം കർമ്മം ചെയ്താൽ ഫലം തരും ഒരു ജോലി ചെയ്ത് കൂലി തരുന്ന ആൾക്ക് നമ്മൾ എത്ര തന്നെ ബഹുമാനം കൊടുക്കും നമ്മൾ ജോലി ചെയ്യുന്നു അദ്ദേഹം കൂലി തരും ഇനിയിപ്പോൾ ആരാധിക്കണമെങ്കിൽ നമുക്ക് പ്രത്യക്ഷ ദേവതകളായ ബ്രാഹ്മണരുണ്ട് പശുക്കളുണ്ട് ഈ ഗോവർദ്ധനാദ്രി ഉണ്ട് ഇതിനെയൊക്കെ പൂജിക്കാം ഭഗവാന്റെ വാക്ക് കേട്ടോ ഗർഗപുരോഹിതൻ മുതലായിട്ടുള്ളവരൊക്കെ അത് അനുമോദിച്ചു ആരാധന ഇന്ദ്രയാഗത്തിനെ നിർത്തി ഗോവർദ്ധനാദ്രിക്ക് പൂജ പശുക്കൾക്ക് പൂജ ബ്രാഹ്മണർക്ക് പൂജ എന്നാക്കി ഇന്ദ്രന് അത്യധികം കോപമുണ്ടായി തനിക്കുള്ള മഖം യാഗം മുടങ്ങിയതോടുകൂടെ സാക്ഷാത് വിഷ്ണു ഭഗവാനാണെങ്കിലും ശരി മനുഷ്യനായി അവതരിച്ചാൽ ഞങ്ങൾക്ക് ചുവട്ടിലാണ് എനിക്ക് തരേണ്ട യാഗം മുടക്കി കൃഷ്ണൻ മർത്യം മർത്യനായി കൃഷ്ണനെ ആശ്രയിച്ച് ഈ ഗോപന്മാർ എന്നെ അപമാനിച്ചു ഞാൻ എന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിഭയങ്കരമായി മഴ പെയ്തു ഇന്നലെ ഒരു രാത്രി മഴ പെയ്യുമ്പോഴേക്കും എത്ര ബുദ്ധിമുട്ട് ഒരിടത്ത് ഭഗവത്ത് പറയുന്നു മഴ എങ്ങനെയാ പെയ്യ ഇന്ദ്രൻ കോപിച്ചാന്ന് വെച്ചാൽ ധാരാഭി ഹസ്തിഹസ്താഭിഹി ആനത്തുമ്പിക്കൈ പോലെ മഴവെള്ളം വീഴു എത്ര അപ്പൊ എങ്ങനെയുണ്ടാവും അങ്ങനെ ഭയങ്കരമായി ഏഴ് ദിവസം രാവും പകലും മഴ പെയ്താൽ എന്തിനു കൊള്ളും പിന്നെ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട തന്റെ കൈ ലീലയായി ഗോവർദ്ധനാദ്രിയെ ഉയർത്തി വിരൽ കൊണ്ട് അത് പിടിച്ചുകൊണ്ട് ഗോക്കളയും ഗോപന്മാരെയും ഒക്കെ അടിയിലേക്ക് വരാൻ പറഞ്ഞു എല്ലാരും നിന്നോളാം അത് വളരെ ലാഘവത്തോടുകൂടെ ലാഘവത്തോടുകൂടെ അത് ചെയ്തുകൊണ്ട് ഇവരോടൊക്കെ തമാശ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഈ ദിവ്യമായ ഈശ്വരത്വം കാണുമ്പോ ഗോപന്മാർ പതുക്കെ പതുക്കെ നന്ദഗോപരോട് ചോദിക്കാൻ തോന്നി തുടങ്ങി എന്താ ഗർഗപുരോഹിതൻ ഈ കുട്ടിയുടെ ജാതകം ഗണിച്ച് പറഞ്ഞത് നാമകരണ സമയത്ത് എന്താണോ പറഞ്ഞത് എന്നൊക്കെ ഇപ്പോഴാണ് അന്വേഷണം അങ്ങനെ ഏഴു ദിവസം രാവും പകലും മഴ പെയ്ത അവസാനം ഇന്ദ്രന് ഗർഭംഗമായി ഭഗവാന്റെ ഈശ്വരത്വം ഇന്ദ്രൻ കണ്ടു വന്നു വീണ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഹേ പ്രഭു അവിടുത്തെ ഞാൻ പരീക്ഷിച്ചല്ലോ അഗ്നിയിൽ നിന്നും അർച്ചിസ് എന്ന വണ്ണം അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ എന്ന വണ്ണം ഞങ്ങളൊക്കെ അവിടുത്തെ മൂലത്തിൽ നിന്നും പുറപ്പെടുന്നവരാണ് അഹങ്കാരോ മൂത്ത് ഞാൻ അങ്ങയോട് വന്ന് കലഹം കൂട്ടിയല്ലോ എന്നെ അനുഗ്രഹിക്കണം എന്റെ അഹങ്കാരം ശമിച്ചു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു വിശുദ്ധസത്വം തവധാമശാന്തം മസ്കം മാഹോന വിദ്യുബന്ധ ഭഗവാനെ സ്തുതിച്ച് ഇന്ദ്രൻ നമസ്കരിച്ചു ഗോലോകത്തിൽ നിന്നും സുരഭി വന്ന് ദിവ്യമായ തൈരു പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു ഗോവിന്ദൻ എന്ന നാമം കൊണ്ട് വിളിച്ചു ദേവലോകത്തിൽ നിന്നും ഐരാവതത്തിന്റെ കയ്യിൽ കൊണ്ടുവന്ന് സ്വർഗംഗ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു അങ്ങനെ ഗോവിന്ദ പട്ടാഭിഷേകം ഗോവിന്ദൻ പേരുക്ക് അർത്ഥം വന്ന് കോക്കളെയും ഗോപെരുമാളെയും കാപ്പാത്തവാന് ഒരു കാപ്പാത്തവൻ ഒരു അർത്ഥം ആചാര്യൽ ഭാഷ്യം വന്ന് ഗോപി മഹാവാക്യേഹി വേദവാക്യേ വിന്തേ ഇത് ഗോവിന്ദ അപേ അർത്ഥം മഹാവാക്യത്തിക്ക് എത് പൊരുളാർക്കോ അത് ഗോവിന്ദൻ അതിനാലാണ് ഗോവിന്ദാഷ്ടകം തുടങ്ങുക സത്യം ഞാനം അനന്തം കോന്ദ്രിയ അർത്ഥം ഉണ്ട് നമ്മൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് പുലങ്ങളും കോഹോങ്ക പദത്തുക്ക് അർത്ഥം സൂര്യ കിരണത്തിക്ക് അർത്ഥം ഉണ്ട് വാക്കു അർത്ഥം ഉണ്ട് ഇന്ദ്രിയെല്ലാം എത് പ്രാപ്യ സ്ഥാനമാരുക്കോ എത് ഉള്ള കണ്ണാൽ പാകോ എത് ഉള്ള ചെവിയാൽ കേക്കറോ എത് ഉള്ള ഇരുന്ന് മൂക്കാല മണക്കുന്നതോ നാവാൽ രുചിക്കുന്നതോ എത്വക്കാല സ്പർശിക്കുന്നതോ അത് കോവിന്ദ ഇപ്പൊടി കോവിന്ദ നമ്മ ഭാഷ്യം നിങ്ങൾ പാത്രം ഭാഷ്യത്തിൽ പല അർത്ഥത്തെ ചല കലൗ കൽമചിത്താനാം പാപദ്രവ്യോപജീവിനാം വിധിക്രിയാഹീനാനാം ഗതിഹി ഗോവിന്ദ അതിനാലേ ആചാര്യാൾ വന്ന് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതയം കലയിൽ ഈ നാമത്തിന് വളരെയധികം പ്രാമുഖ്യം ഉള്ളതുകൊണ്ട് ഗോവിന്ദം ഭജ മൂഢമതയം അങ്ങനെ ഗോവിന്ദ പട്ടാഭിഷേകം നടന്നു അടുത്തത് രാസക്രീഡയ നമ്മളൊക്കെ ജീവിക്കുന്നു ജീവിക്കുന്നതിന് കാരണം എന്താ എന്തോ ഒരു സുഖമുണ്ട് അല്പം സുഖം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ജീവിതം തന്നെ രസം ഏതെങ്കിലും വസ്തുക്കളിൽ രസമുണ്ടോ ഇപ്പോൾ പ്രഭാഷണം രസമായിട്ടുണ്ടോ ഇരിക്കും ഇല്ലെങ്കിൽ എഴുന്നേറ്റും ഭക്ഷിക്കുന്ന ഭക്ഷണം രസമായിട്ടുണ്ടോ ഉണ്ടും ഇല്ലെങ്കിൽ വിട്ടുകളയും രസത്തിനു വേണ്ടിയാണ് ജീവൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രസം നമ്മളുടെ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപമാണ് രസോവൈ ഭഗവാന്റെ സ്വരൂപം തന്നെ രസമാണ് രസം തന്നെ രാസം നമുക്ക് രസമൊക്കെ എവിടെ ലൗകിക വിഷയരസം പോലും എവിടെയാ ഉണ്ടാവണം ഒരു പായസം കഴിക്കുമ്പോൾ രുചിയുണ്ട് രുചി പായസത്തിലാണോ പായസത്തിലാണെങ്കിൽ ഈ തേച്ചാൽ മൈക്കിനും മധുരിക്കണം ഇല്ലല്ലോ നാവിലാണോ ഉണ്ടാവുന്നത് എന്നാൽ നാവിലാണോ നാവ് മുറിച്ചു പായസത്തിലിട്ട മധുരിക്കോ ശരീരത്തിലാണോ എന്നാൽ ജഡ് ശരീരത്തിന് വായിൽ പായസം ഒഴിച്ചു കൊടുത്താൽ രൂചിക്കോ അപ്പൊ രസം എവിടെ ഇരിക്കുന്നു ഇന്ദ്രിയങ്ങൾ വേണമെങ്കിൽ പോലും രസം സ്വരൂപത്തിൽ നിന്നാണ് വരുന്നത് ആത്മാവിൽ നിന്നാണ് രസം വരുന്നത് രസോവൈസഹ രസഗൃഹേവായം ലബ്ധാനന്ദീ ഭവതി രസം അനുഭവിച്ചാൽ ആനന്ദിയായിട്ട് തീരുന്നു ബ്രഹ്മാനന്ദ രസം ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ കിട്ട ഒരു ആലങ്കാരിക പണ്ഡിതൻ സാഹിത്യ പണ്ഡിതർ വന്ന് വാക്യർത്ഥ സദസ് നാർന്ന് കലന്ക്കാർ ഗണപതി വാക്യർത്ഥ സദസ് എന്താ വാക്യർത്ഥം മുതലി വിട്രീ പണ്ഡിതെല്ലാം ഒരു വിഷയത്തെ എടുത്ത് സംസ്കൃതത്തിലെ അതെ പറ്റി വിചാരം പണുവാ അത് വാക്യർത്ഥം സാധാരണ തർക്കശാസ്ത്രം ന്യായ സാഹിത്യം വേദാന്തം ഇതെല്ലാം വാക്യർത്ഥം പണാ സന്യാസി മഠങ്ങളിലെ അലങ്കാരാസ്ത്രം പണമാാരപരമാ ചന്ദ്രശേഖര ഭാരതി അലങ്കാരം ആശയം അലങ്കാരത്തിൽ ഇവർ ആശപ്പെടം സുമ അവർ ഏതോ വാക്യർത്ഥം ചെന്നാ പോ ഉപനിഷത്തിലേ പ്രമാണത്തെ എടുത്തിണ്ട് അലങ്കാര സാസ്ത്രത്തിലും ആത്മാവിലേക്ക് തസങ്ങള അനുഭവിച്ചാൽ ആനന്ദം ഉണ്ടാകും അപ്പൊ ശ്രുതി ചല്സേവായം ലീ ഭവതി അപ്പു ശ്രമാണോ അപ്പൊ ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ കേട്ട് ആമാ രസഗേവായം ലവതി അത് പ്രഹ്മാനന്ദസമായിരുന്നാൽ ആനന്ദി ഭവതി ഒത്തു വരും അലങ്കാര ശാസ്ത്രത്തിൽ രസമായിരുന്ന കൊച്ചും പദത്തെ അപ്പുറം പ്രിച്ച് ഹേവായം ലപ്തുവാ നന്ദി ഭവതി പശുർ ഭവതി അർത്ഥ അത് വിഷയരസമായിരുന്ന നന്ദി ഭവതി പശുർ ഭവതി പശുവാ മൃഗം വിഷയരസങ്ങൾക്ക് എന്ന ദോഷം രസം എല്ലാം ആത്മാവില വിഷയ രസം മാത്രം ജഡത്തിലും സ്വരൂപത്തിലു സാപ്പിടക്ക് ലൂ രവനായിരുന്ന ഒരു ലു സാപ്പിട സുഖമാ രണ്ടാമത് ലഡ് സാപ്പിട കൊഞ്ചം പരവാല അത് കൊഞ്ചം അധിക പോയി മൂന്ന് നാല് അഞ്ച് അപ്പു പോക പോക പോക രസം പോയിടത് അപ്പുറം കൊഞ്ച പോരുങ്ങിട്ടേഷൻ വന്ന് അത്ക്ക് ഒരു ലു കൊണ്ട് പോട്ടാ കൊണ്ട് പോടു പാത്താലേ കോപമാ എങ്ക പോ രസം മുതല രസമാ രുചിയാ അപ്പുറം രുചി പോയിട്ട് എല്ലാ വിഷയ രസങ്ങളും ഇപ്പിതാ മുതല്ല രസമാർക്കും അപ്പം അരസാ പോയിടും വരസ പോയിടും വരസത്തെ വരാതെ ഒരു രസത്തെ കണ്ടുപിടിക്കണം എന്ത വിഷയമാരു അനുഭവിച്ച് മനസ്സു എല്ലാം മനസ്സു കൊച്ചാൽ മനസ്സമ്പോ വിഷയത്തെ അനുഭവിക്കും മനസമ്പം ഇല്ലാമ ഒരു രസം അനുഭവിക്കോം അത് എത്ര നാളെ അനുഭവിച്ചാലും അത് പൂർണ്ണ ഉദാഹരണത്തിന് തൂക്കത്തിലൂങ്ങാവരടിക്കാ ോർ അടിച്ച് തൂങ്ങുവർ അടിക്കലേ പോർ അടിച്ച് വന്നിട്ടു തൂങ്ങുവോം തൂക്കത്തിലെ ഒരു രസം ആസം വന്ന് ബോധപൂർവം ഇല്ല മനസ് ഇല്ല അനുഭവിക്കും അതാതാ ഇപ്പൊ വിപ്രപത്നികൾ മോക്ഷത്തിലി എടുത്തു പ്രാത്യം യഥാ അഭിമുഖ പ്രാത്യന പോയി അഭിമാന വൃത്തികൾ ആലിങ്കനം പണിക്കസം അത് രസത്തിലെ മനസ്സമ്പർക്കം ഇല്ലേ ആ ഭഗവത് ആനന്ദ അനുഭവിക്കുന്നത് ജീവൻ മുക്താൽ അനുഭവിക്കൂടം എപ്പോൾ എക്സാമ്പിൾ അഹങ്കാരം ഇല്ലാമ ഏർപ്പെടു അനുഭവം വിഷയ അനുഭവത്തിലെ അഹങ്കാരം പ്രബലം കാഞ്ചി പരമാചാരും രസത്തും എന്ന വിത്യാസം അവർ എന്ന തമിഴില വന്ന് കുഴമ്പ് നമ്മ എന്ന മലയാളത്തില് കഷ്ണംന്ന് പറയുമല്ലോ തമിഴില് താൻ എന്ന് പറയും ഒരു ഊട്ടുവരയില് ഒരു പരദേശ ബ്രാഹ്മണൻ ഊണ് കഴിക്കാൻ ഇരിക്കുന്നു നമ്പൂരി വിളമ്പണം അപ്പൊ ഈ ബ്രാഹ്മണൻ പറഞ്ഞു താൻ വേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് ഞാൻ മുപ്പത് വർഷമായി ഇവിടെ വളർപ്പണം നല്ല നമ്പൂരിയാണ് ഇതുവരെ ആരും താൻ വേണ്ടിട്ടില്ല താങ്കർത്ഥം മലയാളത്തിലെ ഉറക്കുമ്പോ ആനന്ദ വ്യാഖ്യാനം കൊഴമ്പിലെ താൻ അഹങ്കാരം എന്നാലും അത് താൻ പോയി അഹങ്കാരം എടുത്ത അഹങ്കാരം ഇല്ലാമ ഏർപ്പെടം രസം അതിനാൽ തന്നെ രാസക്രീഡയ്ക്ക് മുതല പക്കവം പണ്രക്ക് വസ്ത്രാക്ഷേപം വസ്ത്രത്തെല്ലാം എടുത്ത് അഞ്ച് വസ്ത്രം പോട്ടുകൊണ്ട് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം അത് അത് അഞ്ച് വസ്ത്രത്തിന് മേലെ തന്നെ ഇന്ന വസ്ത്രമെല്ലാം അത് മേലെ തന്നെ ഇന്ന ഡ്രസ് എല്ലാം അഭിമാനത്തെ മുതല കളഞ്ച് നീക്കം മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതെ മാനം കൊണ്ട് ഉരുപവർ മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതൊളിർ അരുണാചലം മാനം കൊണ്ട് ഉരുപവർ മാനം ഉള്ള നമുക്കും ഭഗവാനുക്കും ഒരേ തടസ്സം അഹങ്കാരം തഭിമാനം താ അഹങ്കാരം ഇരുക്ക വരെ ഇന്ന ജീവൻ ഭഗവാനാൽ ആകർഷിക്കപ്പെടും ഒരേ വസ്തു മമേവാംശോ ജീവലോകേ ജീവഭൂത സനാതന ആ കണ്ണനോട് കുഴൽവിളി അത് വേണുഗാനം കേക്കുന്നത് ഏ നമ്മളാല മുടിയട്ടേങ്കാ മാനം കൊണ്ട് ഉരുപവർ അഹങ്കാരം വന്ന് പ്രബലമാ നമ്മളെ ജഡമാ പണി വിടുത്തത് ജഡവസ്തുക്കൾ ഈപട വെച്ചോട് മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതെ ഒളി അരുണാചല അത് മാനം അഴിച്ച് മാനം പോയിട്ടാ അഹങ്കാരം പോയിട്ട അഭിമാനം പോയിട്ടാ നേച്ചുരലാവേ ഇന്ന് ജീവൻ ഭഗവാനാൽ ആകർഷിക്കപ്പെടും അപ്പൊതാ അന്ത ഗോപികാ ഭാവം അപ്പൊതാ വരും അപ്പൊതാ കൃഷ്ണനോട് അലൗകിക്ക സൗന്ദര്യത്തെ പാകമും അലങ്കാരികളോടൊത്തെല്ലാം വിട പ്രബലമായ രസം ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിലഗവാ ജീവൻ കിട്ട വെച്ചിട്ട് സമ്പന്ധം എപ്പിടി തരും ഭഗവാനോട് സൗന്ദര്യം വീര്യം തേജസ് ശക്തി നിലകുണരസങ്ങൾ അപ്പോൾ സച്ചിതാനന്ദ വന്ന് ലക്ഷണം ചല്ലാ അത്വൈതീ വിശിഷ്ട അത്വൈത അത്വേ ഭഗവാനോട് സ്വരൂപ ലക്ഷണമില്ല ഭഗവാനുടേ ഗുണങ്ങൾ കല്യാണ ഗുണങ്ങൾ ഭഗവാന അലൗകിക ആകർഷിക്കും അത് അലൗകികൾ ആകർഷിക്കണ അലൗകിക രസങ്ങളോട് അത് അത് ആകർഷണ വലയത്ത് ജീവൻ മാറ്റിക്കണമാനാലേ ജീവൻ ശുദ്ധമാകണം കോപസ്ത്രീകളെ ഭഗവാന് മുതലിയേ പക്വപ്പെടുത്തി മുതല്ല ഇന്റെ ജീവൻ എന്നത് എനിക്ക് ഭഗവാനെ വേണം വരച്ചിരിക്കണം വരണം മറുകുണി ദേവി വരച്ച പാക് വരണം ജീവൻ ഭഗവാനെ വേണം എന്നുള്ള വരിക്കലാണ് കാത്യായനി വ്രതം ഭഗവാൻ ഈ ജീവന്റെ അഭിമാനത്തിനെ കളയലാണ് ഈ വസ്ത്രാക്ഷേപം ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും ഭഗവാന പിതാ രാത്രി രദോത്പ്പുൽ മല്ലി വീക്ഷരന്തു മനഃശ്രേ യോഗമായാശ്രിത തോരുരാജക്കകുഭക്കരൈർമുഖം പ്രാച്യലിൻ അരുണേന ശമൈ സ ചർഷണീനുദഗാൻ സുജോ മൃജൻ പ്രിയ പ്രിയാഘദർശന ദൃഷ്ട്വാമുദ്വന്ദ് അഖണ്ഡമണ്ഡലാഭം നവകുങ്കുമാരുണമൂ വനം ചത്കോമ ഗോപിരഞ്ജിതം ജഗൌ കളം കളം കളം വാമദൃ മനോഹരം ഭഗവാൻ അവിതാരീ ശരോത്ഫുൽമല്ലെ അപൗർണമി രാസപൗർണമി ദിവസം പൂർണചന്ദ്രൻ ആകാശത്തിൽ തെളിഞ്ഞു പ്രകാശിച്ച് ിപ്പർവതാനി വിരിച്ച പോലെ യമുനാപുളിനങ്ങൾ മുഴുവൻ പ്രകാശമാനുമായി തീർന്നു ഭഗവാന്റെ വേണുഗാനം ശ്രവിച്ചു തുടങ്ങി ജഗൗ കളം വാമധൃഷാം മനോഹരം അഖണ്ഡാനന്ദ സ്വാമി വ്യാഖ്യാനം ക്ലീം എന്ന ബീജാക്ഷരമേ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീശുഖബ്രഹ്മ മഹർഷി ജഗൗ കളം കളം കളം വാമധൃഷാം ഗോപശ്രീകളുടെ മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള വേണുകാന ശ്രവണം നിശമ്യ ഗീതം തദനങ്കവർദ്ധനം അനങ്കൻ എന്ന് വെച്ചാൽ കാമദേവൻ അർത്ഥം സാധാരണ അധ്യാത്മികമായ അർത്ഥം എന്താ ഭഗവത് ആകർഷണത്തിൽപ്പെട്ടാൽ ശരീരം മറന്നു പോവും അംഗം ഇല്ലായ്മ അനുഭവപ്പെട്ടു തുടങ്ങും ദേഹം ഇല്ലായ്മ അനുഭവപ്പെട്ടു തുടങ്ങും ദേഹത്തിനെ മറന്നു തുടങ്ങും നിശമ്യ ഗീതം തദനങ്കവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണ ഗൃഹീതമാനസാഹ കൃഷ്ണൻ നമ്മളെ പിടിച്ചിക്കും നമ്മ കൃഷ്ണനെ പിടിച്ചിക്കും രൊ വ്യത്യാസം നമ്മൾ ഭഗവാനെ പിടിച്ചിക്കുന്നത് ഇങ്ങനെ മർക്കട കിശോരൻ ആയ വിടാമ പിടിച്ചിക്കണം ജപം പേ അനുഷ്ഠാനം പണ്രേൻ ധ്യാനം പണ്രൻ നമ്മൾ ഭഗവാനെ പിടിക്കുന്നത് ആദ്യ പടി നമ്മളെ പിടിക്കുമ്പോഴാണ് ഈ വേണുഗാന ശ്രവണം വേണുഗാനം എല്ലാവരുടെ ഉള്ളിലും Aurobindo, he is always playing his flute, but we have put off the receiver. Bhagavan Veduganam, if we are not receiving the receiver, we are receiving the receiver. Kalka Vaya. If we are not receiving the Veduganam, we are receiving the Mahatmakal Palabhavatam, Shabdha Brahmam. That Shabdha Brahmam is not the same. പ്രപഞ്ചത്തിന് തന്നെ മൂല കാരണമാണത് നമ്മളുടെ മനസ്സ് തന്നെ ശബ്ദായുമാനുമാണ് ധ്വന്യാത്മകമാണ് ഈ മനസ്സ് അടങ്ങുന്ന സ്ഥലത്ത് നിശ്ചലമാവുന്ന സ്ഥലത്ത് ഭഗവാന്റെ വേണുകാന ശ്രവണം ഉണ്ടാകും ഗോപസ്ത്രീകൾക്ക് വേണുകാനം ശ്രവിച്ചു ഒരിക്കലും സൂർദാസ് കണ്ണ് രണ്ടും കാണില്ലേ അദ്ദേഹത്തിന് രാമസങ്കീർത്തനും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ ആർക്കും വേണ്ടാത്ത കുട്ടി അനേകം കുട്ടികളുണ്ട് അവസാനത്തെ കുട്ടിയാണ് കണ്ണ് കാണാത്ത കുരുടൻ വീട്ടിലെ ദാരിദ്ര്യം ഒരു ദിവസം വളരെ വിഷമത്തോടെ വീട്ടിൽ ഇരിക്കുമ്പോൾ തെരുവിലൂടെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടു അവരുടെ കൂടെ പോയി അവരുടെ കൂടെ ചെന്ന് കുറച്ചൊക്കെ സങ്കീർത്തനാദികളൊക്കെ പഠിച്ച് പൂർവവാസന ഉണർന്നു സ്വയമേവ പാടാൻ തുടങ്ങി ഭഗവാനെക്കുറിച്ച് ഒരിടത്ത് ചെന്നിരുന്ന് കുറേ ശിഷ്യന്മാരൊക്കെ കൂടി അദ്ദേഹത്തിനൊരു ആശ്രമമൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു ശുശ്രൂഷ ചെയ്യാനായിട്ട് ധാരാളം ആളുകളായി കുറച്ചു ദിവസം സുഖമായിട്ടിരുന്നു സുഖമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഭഗവാന്റെ വേണുകാന ശ്രവണം ചെയ്തു വേണുകാനം കേട്ടു വേണുകാനം കേട്ടതോടുകൂടെ പരമവിരക്തനായി രാത്രി സമയം തന്നെ ആ വേണുകാനം കേട്ടുകൊണ്ട് ഇരിക്കുന്ന കുടീരത്ത് ഇറങ്ങി പുറപ്പെട്ടു ഇങ്ങോട്ടൊന്നില്ലാത്ത യാത്ര അങ്ങനെയാണ് ശ്രീനാഥ് ജി വരുന്നത് യാത്ര ചെയ്ത് മഹാ പല ഭക്തന്മാർക്കും മീരാബായി ചരിത്രത്തിലും അനേക സ്ഥലത്തിൽ ഭഗവാന്റെ വേണുകാന ശ്രവണം അവരുടെ ഭാവത്തിന് വേണുകാന ശ്രമം ചില ഭക്തന്മാർക്ക് വേറെ എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത്രയേ അതിനർത്ഥമുള്ളൂ ഭഗവാന്റെ വിളി ആകർഷണം കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ ജീവനെ ഈശ്വരൻ ആകർഷിക്കണം ആ വേണുകാനം ശ്രവിച്ചതോടുകൂടെ ബാക്കിയൊക്കെ മറന്നുപോയി അവര് പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പാലും പാത്രവും ഒക്കെ ചുവട്ടിലിട്ടു ഓടിവന്നു ഭർത്താവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവൾ അവിടെ തന്നെയെല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവൾ കുഞ്ഞിനെ അവിടെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ മൂക്കിലിടേണ്ട ആഭരണം ചെവിയിലിട്ടു ചെവിയിലിടണ്ടാവണം മൂക്കിലിട്ടു കഴുത്തിലിടേണ്ട മാല ഇടുപ്പിൽ കെട്ടി ഇടുപ്പിൽ ഉടുക്കേണ്ട വസ്ത്രം മേലെയിട്ടു ദേഹാഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക എത്ര നേരം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കും എത്ര അലങ്കാരം ചെയ്യും ഒക്കെ മറന്നു എങ്ങനെയാ വസ്ത്രം ഉടുക്കണത് ഒന്ന് മറന്നു ചിന്തയില്ല സർവവും അങ്ങനെയാണ് ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കണത് ചിലരെയൊന്നും പോവരുത് എന്ന് പറഞ്ഞ അവരുടെ ഭർത്താക്കന്മാര് വീട്ടിൽ തടസ്സം ചെയ്ത് നിർത്തി അവര് കൂടുതൽ ഭാഗ്യവതികളായി ദുസ്സഹപ്രേഷ്ടവിരഹ തീവ്രതാപുതാശുഭാ ധ്യാനപ്രാപ്ത അച്യുതാശ്ലേഷ നിവൃത്യാം ക്ഷീണമംഗളാ തമേവ പരമാത്മാനം ജാനബുദ്ധ്യാപിസംഗതാ ജഹുർഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധനാഹം സഹിക്കവയാത്ത തീവ്രവിരഹതാപം ഭഗവാനെ വിട്ടു പിരിഞ്ഞു വിരഹം അജാതപക്ഷാ മാതരം ഖഗാഹ പോവാമയ ചിറകു മുളിക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളെപ്പോലെ കൂട്ടിലകപ്പെട്ട പോലെ ആയി അവിടെ തന്നെ സഹിക്കും സഹിക്കവയ്യാത്ത വിരഹം കൊണ്ട് തപിച്ചു വിഷമിച്ചു ആ ദുഃഖമുണ്ടാകുമ്പോൾ നമ്മളുടെ പാപവാസനയൊക്കെ ക്ഷയിക്കും സുഖമുണ്ടാകുമ്പോൾ പുണ്യവും ക്ഷയിക്കും ഭഗവാനെ ഹൃദയത്തിലെടുത്ത് ആലിംഗനം ചെയ്ത് സുഖമനുഭവിച്ചു അതുകൊണ്ട് ശുഭവാസനയും അങ്ങടാവും അവസാനിച്ച് കിട്ടു ശുഭവും അശുഭവും വിട്ടുപോയാൽ രണ്ടും നമ്മളെ കെട്ടിയിടുന്ന ചങ്ങലയാണേ പുണ്യം ഇരുമ്പ് ചങ്ങല പാപം സ്വർണ്ണ ചങ്ങല ഇരുമ്പ് ചങ്ങല വേണമെങ്കിൽ നമ്മൾ ആഴ്ചകളയും സ്വർണ്ണ ചങ്ങല ഇരുന്നോട്ടേന്ന് വെക്കും ഇരുമ്പിനേക്കാളും ബലമായി ബന്ധിക്കും രണ്ടും ഇവർക്ക് വിട്ടുപോയതോടുകൂടെ ജാരബുദ്ധ്യാഭിസംഗതാഹ ഭഗവാനെ ജാരനായി കരുതിക്കൊണ്ട് ഹൃദയത്തിൽ സംഗമിച്ചും സൂക്ഷ്മ അവരെ വിട്ടുപോയി അവർ ജീവൻ മുക്തകളായി എന്നോ വിദേഹമുക്തകളായി എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം അവർക്ക് ഭഗവത് പ്രാപ്തി അവിടെ തന്നെ ഉണ്ടായി കുറേ ഗോപസ്ത്രീകൾ ഭഗവാന്റെ മുമ്പിൽ രാത്രി സമയം വന്ന് നിൽക്കണം ഭഗവാൻ ചോദിച്ചു എന്തിനപ്പോൾ വന്നത് പതിശുശ്രൂഷണം പതിശുശ്രൂഷയാണല്ലോ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ധർമ്മം അതൊക്കെ അർദ്ധരാത്രി സമയത്ത് നിങ്ങളിവിടെ വന്ന് നിൽക്കണമല്ലോ നിങ്ങൾ തിരിച്ചു തല്ല ഭക്തിയോടുകൂടെ ശുശ്രൂഷിക്കാം അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോപികകൾ പറഞ്ഞു ഭഗവാനെ ഈ ഉപദേശമൊക്കെ അങ്ങയുടെ കയ്യിൽ തന്നെ വിളിക്കുകയും ചെയ്ത് ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ട് ഇപ്പൊ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഇതെന്താർത്ഥം ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു വന്നു ഇപ്പോൾ ഉഭയഭ്രഷ്ടരായിട്ട് തീരും ഞങ്ങൾക്ക് ലോകവും ഇല്ല അവിടുന്നുമില്ല എന്നുള്ളതായാൽ എന്നെ അഴിത്തിപ്പോതനെ കലവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചലാം നമ്മൾ ഭഗവാൻ കേക്കറമണമെ അഴിത്ത് ഒരു പൊമനാട്ടി ഒരു പൊണ്െ വന്ന് വീട്ടിലേക്ക് ഇഴുത്തു വന്ന് വിവാഹം പണ്ടേ ഇഴുത്തു വന്ന് അപ്പം തെരുവിലെ വിട്ടാ എപ്പി അത് മാറി അഴിത്തിവിടൽ ഇത് ഗോപശ്രീകളും ഭഗവാനി പോവാന് ഗതിഷയാണ് ദുരവഗ്രഹമത്യജാസ്മാൻ ദൈവോ യഥാതി പുരുഷോ ഭജതേ മുമുക്ഷൂന് സർവധർമാൻ പരിത്യജ്യ വാമേകം ശരണം വ്രജ എന്ന് അവിടെ നിന്നല്ലേ പറഞ്ഞിട്ടുള്ളത് സന്യജ്യ സർവവിഷയാൻ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളിത് ആ മുമ്പിൽ വന്ന് നിൽക്കുന്നു അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പൊ പതി ധർമ്മം പുത്ര പുത്രനെ നോക്കണ ധർമ്മം ഇതൊക്കെ പറയണത് ഈ ഉപദേശമൊക്കെ അവിടുന്ന് വെച്ചോള അസ്ത്വേവം ഏതത് ഉപദേശപദേഭൃതാം ഖലു കില ബന്ധു ആത്മാ ഉപനിഷത്ത് അങ്ങേക്ക് സമ്മതമാണല്ലോ ഞങ്ങൾക്കും കുറച്ചതൊക്കെ അറിയാം ശ്രുതി അങ്ങേക്ക് സമ്മതമാണല്ലോ ശ്രുതി എന്ത് പറയണു ന പത്യു കാമായ പതി പ്രിയോഭവതി ആത്മനസ്തു കാമായ പതി പ്രിയോഭവതി എന്നാണല്ലോ ഭർത്താവിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയങ്കരനാവണത് ആത്മാവിന് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഭാര്യ പ്രിയങ്കരയാവണത് ആത്മാവിന് വേണ്ടിയാണ് ഒരു ഭർത്താവ് എവിടെയോ യാത്ര പോയി അപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞതാണ് ഭാര്യ പറഞ്ഞു അങ്ങേയും ഞാൻ എങ്ങനെ പിരിഞ്ഞിരിക്കും ഭർത്താവ് പറഞ്ഞു ഞാൻ എന്റെ ഫോട്ടോ തരാം എനിക്ക് ചെയ്യണതൊക്കെ ഇതിന് ചെയ്തോളാം ഒരു തൽക്കാല ആശ്വാസം രാവിലെ എണീറ്റാൽ ആ ഫോട്ടോ ഒരു കാഫി കൊണ്ടുവന്ന് കൊടുക്കും ഫോട്ടോവിന് ഷർട്ടൊക്കെ അലക്കി കൊടുക്കും ഫോട്ടോവിന് ഭക്ഷണം കൊടുക്കും കിടക്കുമ്പോൾ ഫോട്ടോവിന് അടുത്ത് ഇങ്ങനെ കുറച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് കോളിംഗ് ബെല്ലടിച്ചു അപ്പോ ജനൽ തുറന്ന് നോക്കി ഭർത്താവാണ് ഞാൻ ഫോട്ടോവിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളവിടെ നിൽക്കുമെന്ന് പറയോ പതിയെ ദൈവമായിട്ട് കരുതണം അമ്മയെ ദൈവമായിട്ട് കരുതണം അച്ഛനെ ദൈവമായിട്ട് കരുതണം എന്നൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഭഗവാനെ പ്രാപിക്കാൻ ഇവരൊക്കെ വിഗ്രഹം എത്രയോ ജന്മത്തിൽ എത്രയോ പതിയുണ്ട് എത്രയോ പത്നിയുണ്ട് എത്രയോ കുട്ടികളുണ്ട് ഓരോ ജന്മത്തിലും ഇവരെയൊക്കെ ആരാധിച്ചുകൊണ്ട് പതിയായിട്ടും പത്നിയായിട്ടും ആരാധിച്ചുകൊണ്ടിരുന്ന് എവിടെ വിമുക്തി എല്ലാ ജന്മത്തിലും ഭാര്യ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് ബന്ധുക്കളുണ്ട് ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എപ്പോൾ വിമുക്തനാവും അപ്പൊ ഇവരെയൊക്കെ ആരാധിക്കണമെന്ന് പറയുന്നത് എന്തിനാ അവരൊക്കെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടല്ലോ നല്ല വിഗ്രഹമായിട്ട് യൂസ് ചെയ്യാം പ്രയോജനപ്പെടുത്താം അപ്പൊ സന്തോഷമാവും നമുക്ക് സന്തോഷമാവും നമ്മൾ തമ്മിലുള്ള ബന്ധം അശുദ്ധമാവുമില്ല അത് ഭഗവത് ഒരു മാർഗമാവും നമ്മളെ സംസാരത്തിൽ തള്ളുന്നതിന് പകരം വിമുക്തിക്ക് കാരണമാവും ഭർത്താവ് ദൈവമാണ് എന്നൊരു പത്നി കരുതുകയാണെങ്കിൽ ആ ഭർത്താവ് ഇവൾക്ക് ദൈവമായി പ്രകാശിച്ച് ആ ഭർത്താവിൻ്റെ വ്യക്തിത്വം മുമ്പിൽ ഇല്ലെങ്കിൽ പോലും ദൈവത്വം ഈശ്വരത്വം ഉള്ളിൽ ഉണ്ടാവും ഒരു ഭാര്യയെ എങ്ങനെയുള്ള ഭാര്യ വേണം ദേവി മഹത്വത്തിൽ അതിനൊരു പ്രാർത്ഥനയുണ്ട് പത്നിയും മനോരമാം ദേഹി മനോവൃത്താനുസാരണിയും താരിണീം സം ദുർഗ സംസാരസാഗര കുലോദ്ഭവാം സംസാരസാഗരത്തിൽ എന്നെ തരണം ചെയ്യിപ്പിക്കുന്നവളായിരിക്കണം കൊടുക്കുന്നവളായിരിക്കരുത് എന്ന് അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആ ഭഗവത് പ്രാപ്തിക്ക് ഉതകുമെങ്കിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ മാറി നിർത്തു മാറ്റി നിർത്തൂ മാറ്റി നിർത്തുന്നു സഹായമാവുകയാണെങ്കിൽ എന്തും സ്വീകരിച്ചോളാം അതിവേഗത്തിൽ ഒരു യാത്രയ്ക്ക് പോകുന്നു നമ്മളുടെ കൂടെ ആരൊക്കെ വരുന്നു ഒക്കെ കയറ്റിയിരുത്തുക കൂടെ വരാൻ കഴിയില്ലേ സ്റ്റേഷനിൽ നിന്നുള്ളൂ ഞങ്ങൾ പോവാൻ കൂടെ വരികയാണെങ്കിലോ യുധിഷ്ഠിരൻ കൂട്ടിക്കൊണ്ടുപോയ നായാണെങ്കിലും വരട്ടെ കൂടെ വരണില്ല വീഴാണോ അനുജന്മാരാണെങ്കിലും വീണു പോട്ടെ ഈ സ്വാതന്ത്ര്യഭാവം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാലേ ഭഗവത് പ്രാപ്തിയാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും ഒരു കഥയുണ്ട് രാമതീർത്ഥസ്വാമി പറയുന്ന ഒരു കഥ ഒരു രാജകുമാരി അവളെ വിവാഹം കഴിക്കണമെങ്കിൽ കുതിരപ്പന്ത്യത്തിൽ അവളെ തോൽപ്പിക്കണം എന്നാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അവൾക്ക് അങ്ങനെ ഒരു വരമാണ് അത്ര വേഗത്തിൽ കുതിര ഓടിക്കും പല രാജാക്കന്മാരും ശ്രമിച്ചു എല്ലാവരും പരാജയപ്പെട്ടു അവസാനം ഒരു രാജകുമാരൻ ഒരു ആരോ ആ രാജകുമാരൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു അവൻ ധാരാളം കെട്ടി സ്വർണം കയ്യിലെടുത്തു എന്നിട്ട് പോകുന്ന വഴിയിലൊക്കെ ഓരോ കെട്ടിയിടും അപ്പൊ ഇവൾ കുതിരയെപ്പുറത്ത് പുറകെ മുമ്പിൽ വളരെ വേഗത്തിൽ പോകും പോകുമ്പോ ഈ സ്വർണ്ണക്കെട്ടെ കാണുമ്പോ അവൾ നിന്ന് ഇറങ്ങി അതെടുക്കും അപ്പോഴേക്ക് ഇയാൾ മുമ്പിൽ പോകും ഇങ്ങനെ കുറെ സ്വർണ്ണക്കെട്ടി എടുത്തു കഴിയുമ്പോഴേക്കും ഇവളുടെ കുതിരയിൽ മുഴുവൻ വെയിറ്റായി ഓടാനും വയ്യ രാജകുമാരൻ ലക്ഷ്യത്തിലെത്തി ഇതേപോലെയാണ് നമ്മൾ ഈ പകുതി വഴിയിൽ ഓരോന്നും പെറുക്കാൻ നിന്നാൽ ലക്ഷ്യത്തിലെത്തില്ല മാത്രല്ല പെറുക്കി പെറുക്കി ഖനവും കൂടും വെയിറ്റും കൂടും എത്തുകയല്ല അപ്പൊ ഇപ്പൊ എവിടെ എത്തും എങ്ങനെ എത്തും അപ്പോ ഗോപികകൾ പറയണത് ഭഗവാനെ ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും അങ്ങനെ പ്രാപിക്കാനാണ് അങ്ങു മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എന്ത് ബന്ധം ഇത് എന്തിനു പ്രയോജനപ്പെടും എപ്പോ മരിച്ചു പോവോ അറിയില്ല ഇവിടെ എന്തൊക്കെയോ അശാശ്വതമായ ബന്ധങ്ങൾ കുറച്ച് ദിവസത്തേക്കുണ്ട് ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് மலைய மாதிரீசுபோ மரங்கள் அடக்கம் சந்தனமாக மாறும் அப்படினு மும்பில் வந்து நிற்கும் ஞரவசரம் கிட்டு சந்தர்பத்தினே பிரயோஜனப்படுத்திட்டு ஞதி எந்த அதுகொண்டு தள்ளிக்கலையே முமுஷுக்கள் சத்குருவினை சரணாகதி செய்யும் போல ஞானிதா அப்படத்தேக்கு சரணாகதி എല്ലാം ഉപേക്ഷിച്ചും ഞങ്ങളിതാ വന്നിരിക്കുന്നു തന്നപ്രസീതൃജിനാർദനതെങ്കിമൂർലം പ്രാപ്ത വിസൃസീസ് ഉപാസനാശാഹ ത്വസുന്ദരി സുന്ദരസ്മിത നിരീക്ഷണ തീവ്ര കാമതപ്താത്മനം പുരുഷഭൂഷണ ദേഹിദാസ്യം ഭാവങ്ങളൊക്കെ ശൃംഗാര ഭാവങ്ങളാണ് എന്തുകൊണ്ട് ശൃങ്കാരഭാവം എന്ന് വെച്ചാൽ ശൃങ്കാരമാണ് മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന രസം രസം അത്രയധികം തീവ്രമായ ഭാവം ഭഗവാന്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ ജീവൻ എത്ര പെട്ടെന്ന് വിമുക്തമാവും അതുകൊണ്ടാണ് ഈ രാസോ ഈ മധുരഭാവ ഭക്തിക്ക് ഇത്രയധികം ബലം മധുരഭാവ ഭക്തിക്ക് എന്തുകൊണ്ട് ബലം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് പുരുഷനോടുള്ള ഭാവം ജീവൻ ഭഗവാനോട് ചെയ്യാം അപ്പൊ പുരുഷനായാലും അതെ സ്ത്രീ ആയാലും അതെ സ്ത്രീകളാണ് കൃഷ്ണൻ മാത്രം പുരുഷൻ ആ ഭാവം നമ്മുടെ സ്ത്രീകളാണ് മീറ ദേവി മീരാബായി വൃന്ദാവനത്തിൽ വന്നപ്പോൾ രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യൻ രൂപഗോസ്വാമി വൃന്ദാവനത്തിനുണ്ട് മീരാബായി കാണില്ലായെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ കാണുന്നില്ല എന്നൊരു വ്രതം എടുത്തിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് മീരാവിനെ കാണാൻ വന്നില്ല അപ്പോ ശിഷ്യൻ്റെ അടുത്ത് മീറ പറഞ്ഞു ഞാൻ മേവാറിന്ന് മീറ വന്നിരിക്കുകയാണ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കൃഷ്ണവിഗ്രഹം തന്ന് അനുഗ്രഹിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിനോട് ഒന്ന് ചെന്ന് ചോദിക്കൂ എനിക്കൊരു സംശയമാണ് ഞാൻ ചോദിക്കുകയാണ് നമ്മളൊക്കെ സ്ത്രീകളും കൃഷ്ണൻ മാത്രം പുരുഷനുമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ വൃന്ദാവനത്തിൽ ഇപ്പൊ കൃഷ്ണനല്ലാതെ വേറെ ഒരു പുരുഷൻ കൂടെ ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ത്രീക്ക് ഭഗവാനോടുള്ള ഭാവ പുരുഷനോടുള്ള ഭാവം പോലെ ജീവന് ഭഗവാനോടുള്ള ഭാവമാണ് മധുരഭാവ ഭക്തി പക്ഷെ ഭക്തി അറിയണമെങ്കിൽ വളരെ ചിത്തം പക്വപ്പെടണം ഈ കഥ പറയണത് ആരാണ് ശ്രീസുഖബ്രഹ്മ മഹർഷിയാണെന്ന് അറിഞ്ഞുകൊണ്ടുവേണം രാസക്രീഡയും രാസോത്സവവും പറയാൻ അല്ലെങ്കിൽ വെറും തുച്ഛമായ വിഷയമായിപ്പോവും അപ്പോൾ ഇവിടെ ഭഗവാനോട് ഗോപസ്ത്രീകൾക്കുള്ള മധുരഭാവഭക്തി ഗോപികകൾ ഭഗവാൻ ഭഗവാൻ ഗോപികകളോട് കുറച്ചു രാസം ചെയ്തു കണ്ടാൻ സ്വാമി ഇതിന് വ്യുത്പത്തിയൊക്കെ പറയുന്നുണ്ട് രാസം ഹാസ്യം ഹല്ലീസം ലാസ്യം എന്നുള്ള പദത്തിൽ നിന്നാണ് ഡാൻസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കടക്കം വന്നിരിക്കുന്നത് നർത്തന പദ്ധതി ഒരു തരത്തിലുള്ള നർത്തനം അങ്കനാം മാധവോ മാധവം മാധവം ചാന്തരേണ അങ്കനാം ഇത്തമാകൽപ്പിതോ മണ്ഡലയധ്യക സഞ്ചകൗ വേണുനാ ദേവകീ നന്ദന ഒരു മഹാത്മാ കബീറിന്റെ ദോഹ തന്നെയാണോ എന്ന് സംശയം അങ്കനാം മാധവ മാധവം മാധവം ശാന്തരേൺ അങ്കനം ഇതിന് ഹിന്ദി ദോഹില പാട്ട് എനിക്ക് തോന്നണില്ല അതിൽ പറയണത്ര രണ്ട് ഗോപികകൾ നടുവിൽ കൃഷ്ണൻ രണ്ടു ഗോപികകൾ നീങ്ങിയാൽ നടുവിൽ കൃഷ്ണൻ ഇപ്പൊ നമ്മൾ ഗുരുവായൂരിൽ പുറകെ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തുകൂടെ ഗുരുവായൂരപ്പന്റെ അടുത്തുകൂടെ ആളുകൾ പോകണമെന്ന് വെച്ചാൽ ഒരാൾ പോയി ഒരാൾ വരണം നടുവിൽ ഗുരുവായൂരപ്പൻ കാണും പിന്നെ ഒരാൾ പോയി ഒരാൾ വരുന്നു നടുവിൽ ഗുരുവായൂർത്തൻ കാണും അതുപോലെ രണ്ടു ഗോപികകൾ നടുവിൽ കൃഷ്ണൻ അതേപോലെ ഈ ഗോപികകൾ ആരാണെന്ന് വെച്ചാൽ ചിത്രത്തിലുണ്ടാവുന്ന വൃത്തികളാണെന്നും ഒരു ചിത്തവൃത്തി പോയി അടുത്ത ചിത്തവൃത്തി വരുന്നു രണ്ട് ചിത്തവൃത്തിക്കും നടുവിൽ ഒരു ആ നിശ്ചലതയാണ് കൃഷ്ണൻ രണ്ട് ഒരു ചിത്തവൃത്തി പോയി അടുത്ത ചിത്തവൃത്തി വരണു നടുവിൽ ഒരു നിശ്ചലതയുണ്ട് മാധവ ഓരോ ഗോപികയ്ക്കും നടുവിലുള്ള നിശ്ചലത ഭഗവാന്റെ സ്വരൂപമാണ് ആ അന്തര്യാമിയുടെ സ്വരൂപമാണ് ആ അന്തര്യാമിയെ ഹൃദയത്തിൽ കണ്ടാലോ നമ്മളെ ഗോപിക ആയാലോ എന്ന് വെച്ചാൽ നമ്മളുടെ ചിത്തം പൂർണ്ണമായും ആ നിശ്ചല തത്വത്തിൽ ലയിക്കുകയാണെങ്കിലോവ സാദ് ആത്മതൃപ്തശമാനവഹ ആത്മന്യവച്ച സന്തുഷ്ട കാര്യം അവിടെ രതി ഇവിടെ ഗോപികകൾക്ക് കൃഷ്ണനോട് ഉണ്ടാകുന്നത് രതിയാണ് ആ രതി തൻ്റെ ഉള്ളിൽ തന്നെ ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന സസ്വരാട്വതി സർവേഷു ലോകേഷു കാമചാരോഭവതി ശ്രുതി പറയണത് ഈ രാസോത്സവം ജീവൻ മുക്തനായ പുരുഷന് തന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നു ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ഉള്ളിൽ തന്നെ മൈഥുന്യം രസം രതി ഒക്കെ തന്നിൽ തൻ തന്നിൽ തന്നെ തന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവുന്നു ബാഹ്യം വേണ്ട താൻ തന്നെ സ്ത്രീയും പുരുഷനുമായി രാമകൃഷ്ണപ്രമവും സർ പറയും ആ പരാഭക്തിയുടെ മധുരഭാവ ഭക്തിയുടെ ഉന്നത അനുഭവത്തിൽ ഈ ഭക്തൻ തന്നെ സ്ത്രീയും പുരുഷനും ആയി തന്നിൽ തന്നെ തന്റെ ചിത്തം പ്രകൃതി തന്നെ സ്ത്രീ തന്റെ ഉള്ളിൽ സ്വരൂപം തന്നെ പുരുഷനായി ഇത് തമ്മിലുള്ള രമണം തന്നെ ആത്മരതി അതിന്റെ ഒരു ദുച്ഛമായ രൂപമാണ് ബാഹ്യരഥി അന്തരമായിട്ടുള്ള ആ രതി ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ ഈ ഗോപികകൾക്ക് ആ രാസോത്സവം നടന്നു രസാനുഭവം അവരങ്ങോട് രസം അനുഭവിച്ചു ഭഗവാനോട് രസം അനുഭവിച്ചു പക്ഷേ അധ്യാത്മമാർഗത്തിലും അതെ ആദ്യം കുറച്ചൊക്കെ ആ ഭക്തി പ്രബലമായിട്ട് വരും കുറച്ച് ഭക്തി വരുമ്പോൾ ഞാനാണ് ഭക്തൻ തോന്നുന്നു കുറച്ചൊരു സൗഭഗ മതം എനിക്ക് ഭഗവാനെ കിട്ടി ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ എന്റെ ഭക്തിക്ക് ഭഗവാൻ വഴങ്ങി തന്നു ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഭഗവാൻ പിൻവലിയും അപ്പൊ നമ്മളുടെ അതാണ് പലർക്കും ഇടയ്ക്ക് എങ്ങനെ എവിടെയോ ഉയർന്നു പോയ പോലെ ഒരു അനുഭവം ഉണ്ടാവും അതോ ഷോട്ടൽ പിന്നെ കരയും അയ്യോ പോയല്ലോ പോയല്ലോ കരയും അതേപോലെ ഗോപികകൾക്ക് സൗഭകമതം അല്പം വന്നു എന്നാണ് ഒരു സൽ വന്നു കണ്ണൻ അവരെ വിട്ടുമറിഞ്ഞു ഗോപികകൾ സർവത്ര അന്വേഷിച്ച് കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് നടന്നു നോക്കുമ്പോൾ ആ യമുനാ പുളിനങ്ങളിൽ മറ്റൊരു ഗോപികയുടെ കാലടിപ്പാടുകൾ കൂടെ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണന്റെ കാലടിപ്പാടുകൾ മാത്രം ആ ഗോപികയെ ഭഗവാൻ തന്നിൽ വഹിച്ചുകൊണ്ടുപോയതാണ് അവൾ എന്ത് ഭാഗ്യം ചെയ്തു അനയാ ആരാധി തോനൂനം ഭഗവാൻ ഹരിരീശ്വര അന്വേഷിച്ച് അവിടെ ആ ഗോപികയെ ഇരുന്ന് കരയേണ്ടത് നമ്മളെക്കാളും മുമ്പിൽ പോയതാവരും പോയവരുണ്ടാവും അവിടെ അവരും നിൽക്കണം അവിടെ ചെന്നു ഹാനാഥാനാഥമണപ്രേഷ്ഠ ക്വാസിക്വാസി മഹാഭുജ ദാസയാസ്തേ കൃപണാ സഖേ ദർശയ സന്നിധിം എല്ലാ ഗോപികകളും കൂടെ ഭഗവാനെ വിളിച്ചു കരഞ്ഞു ജയതി തേതിക ജന്മനാ വ്രജ ശ്രയതയിന്തിരാ ശതത്രയീ ദൈതൃശ്യത ദിക്ഷു തവൃത്ത സവ ത്വാം വിചിൻ ഞങ്ങളെ പ്രാണൻ ധരിച്ചിരിക്കുന്നത് ഹേ പ്രഭു കൃഷ്ണൻ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ദർശനം തരും കൃഷ്ണാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രാണധാരണം തന്നെ അസുപത്തെ എന്നും വൃത്തൻ വിളിച്ച പോലെ ത്വൃത അസവഹ ത്വാം വിചിൻവത്തെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നു പതി സുതാൻവയ ഭ്രാതൃബാന്ധവാന് അതിവിലങ്ക അന്തി അച്യുത ആഗത അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ഗതിയില്ല തവ കഥാമൃതം കൃഷ്ണ തപ്തജീവനം കവിഭിരീഡിതം കൽമശാപകം ശ്രവണമംഗളം ശ്രീമദാതം ഭുവി ഗൃണന്തിദേ ഭൂരിതാ ജനാ അവിടുന്ന് വെറും ഗോപികാനന്ദനനാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് ഗോപികകൾ ഇങ്ങനെ വിളിച്ചു കരഞ്ഞു ഗോപ്യ പ്രഗായന്യഹ പ്രലപന്യശ്ചിത്ര ഭക്തി ഉന്മാദം പിടിക്കുന്ന സ്ഥിതി വർണ്ണു ശ്രേയോമാർ ഭധകുമതി ജന്മകർമാണി ഭൂയ ഗായൻ ക്ഷേമാണിമാദുഭയത പ്രദൃതം പ്രദൃതത്മാ ഉദ്യസ കിത് കുഹചിതപന്വാ ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനിർത്യൻ ഐ കുരു കരുണാം ലോകബാഹ്യശ്വരെയും ഉന്മാദം പിടിച്ച ആൾ നമുക്ക് ഭക്തി അല്പം പുരോഗിമിക്കുന്നുണ്ട് എന്നൊരു ലക്ഷണം എന്താന്ന് വെച്ചാൽ നമ്മളെ കണ്ട ആരെങ്കിലുമൊക്കെ ഒത്തിരി കിർക്കാണെന്ന് പറഞ്ഞാൽ സന്തോഷം ഭക്തൻ ഭക്തൻ എന്ന് വെച്ചാൽ പേടിക്കണം ഇയാൾക്ക് കിർക്കാണെന്ന് വെച്ചാൽ നമ്മൾ ആ മാർഗത്തിൽ പോകുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നർത്ഥം ലോകത്തിൽ എങ്ങനെയാണ് രാമകൃഷ്ണ പരമാംസരെ ഭ്രാന്തൻ എന്ന് വിളിച്ചു രാമകൃഷ്ണ പരമംശർ പറഞ്ഞു ആർക്കാപ്പൊ ഭ്രാന്തില്ലാത്തത് ചിലർക്ക് പണം കിട്ടണം എന്ന് ഭ്രാന്ത് ചിലർക്ക് കല്യാണം കഴിക്കണമെന്നും ഭ്രാന്ത് ചിലർക്ക് പേരും പ്രസിദ്ധിയും കിട്ടില്ലെന്ന് പറഞ്ഞു ഭ്രാന്ത് എനിക്കിപ്പോ ഭഗവാനോട് ഭ്രാന്ത് അത്രേ ഉള്ളൂ ഭ്രാന്ത് പിടിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ നിത്യമായ വസ്തുവിനോട് ഭ്രാന്ത് പിടിക്കട്ടെ ഇഫ് സിങ്കിങ് ഫേറ്റ് ഓഫ് മാൻ ദൻ ഇറ്റ് ഈസ് ബെറ്റർ ടു സിങ്ക് ഇൻ പൂൾ ഓഫ് മിൽക്ക് ഇൻ പൂൾ ഓഫ് ഡങ് വിവേകാനന്ദ സ്വാമികളുടെ വാക്കാൻ മുങ്ങണമെന്ന് വെച്ചാൽ ക്ഷീരാബ്ദിയിൽ മുങ്ങാൽ ചാണക കുഴിയിൽ പോയി മുങ്ങണം വന്നത് െങ്കിൽ പൈത്തം പറ്റി പയനറും പദമുറും അരുമരു അരുൾവായ് പൈത്തം പറ്റി പയനും പലൻ കിടക്കാമെന്ന് പദമുറും അരുമരുന്ന് അരുൾവായ് എന്നോട് പൈത്യം പോകണമാണ് പദം താ എ സ്വരൂപ ജ്ഞാനത്തെ അത് ഭഗവാന നന്ദനാർ ചരിത്രത്തിലാ മാറി തന്നെ ഗോപികൾ പാട്ട് പിത്തം തെളിയ മരുന്ന് അതില പാർവതി പോയി ഇപ്പൊ പാതി എടുത്തിണ്ടാച്ചു പാർവതി എന്നും സീമാട്ടി അതെ പാതിയെ തണ്ട് ഇന്നും പാതി പോകലേന അതേ ആറും എടുത്തു പോരാപികൾക്ക് ഏകേ ഒരു കോപിക എടുത്തിട്ട് പോയിട്ട് കിടക്കാതെ ഇതി ഗോപ്യഹാ പ്രകായന്യ പ്രലപന്ത്യ ചിത്രതാ രുഹോസ്വരം രാജൻ ഉറക്ക നിലപിടിച്ച്വരം രാജൻ കൃഷ്ണദർശനലാലസാഹ എത്ര പേര് ഭഗവാന് വേണ്ടി കരയുന്നുണ്ട് രാമകൃഷ്ണദേവന്റെ ചോദ്യമാണ് ലോകത്തിൽ എല്ലാത്തിനും വേണ്ടി കണ്ണീര് വിടുന്നു ഭഗവാനെ കണ്ടില്ല വന്ന് കണ്ണീര് വരുന്നുണ്ടോ വാസ്തവത്തിൽ ഹൃദയം കണ്ണുകൊണ്ട് കണ്ണീര് വിട്ടാൽ പോരാ ഹൃദയത്തിന് കണ്ണീര് വരുന്നുണ്ടോ ഈശ്വര ദർശനത്തിനായിട്ടുള്ള പെടച്ചൽ ആ പെടച്ചൽ താസാം ആവിരഭൂത് ശൗരിഹി സ്മയമാനം കാമ്പുജ പീതാംബരധരസ്രഗ്വി സാക്ഷാത് മന്മഥ മന്മത കൂടി മന്മഥ ലാവണ്യനായിട്ട് ഭഗവാൻ ഗോപസ്ത്രീകളുടെ മുമ്പിൽ ആവിർഭവിച്ചു അങ്ങനെ രാസോത്സവം നടന്നു രസാനുഭവം നടന്നു എങ്ങനെ ഭഗവാൻ ഇവരുടെ കൂടെ കളിച്ചു എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടി ധാരാളം കണ്ണാടികൾ മുമ്പിൽ വെച്ച് പ്രതിബിംബം കണ്ട് കളിക്കുന്ന പോലെ യഥാ അർഭക സ്വപ്രതിബിംബവിഭ്രമ ഒരു കൊച്ചുകുട്ടി തന്റെ മുമ്പിൽ പ്രതിബിംബം കാണുന്ന പോലെ അങ്ങനെ രാസക്രീഡം ഇപ്പൊ ഇവിടെ നമുക്ക് അനേകം ഭാഗവതക്കാരന്മാരിവിടെ നമ്മുടെ സപ്താഹത്തിൻ്റെ നടുവിലിവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ചു ഇവിടെ ഇപ്പോൾ പ്രായം കൊണ്ട് വളരെ ചെറുപ്പാണെങ്കിലും ഭാഗവതത്തിൽ നല്ല അവഗാഹമുള്ള ഒരാചാര്യൻ ശ്രീ തത്തനപ്പള്ളി കൃഷ്ണയർ ഇവിടെ വന്നിട്ടുണ്ട് ഭാഗവതം ഇപ്പൊ നമ്മൾ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സമയം ഇപ്പൊ വളരെ വൈകിയിരിക്കുന്നു ഒരു കുറച്ച് നേരം അദ്ദേഹം നമുക്ക് ഭാഗവത ധർമ്മത്തിനെക്കുറിച്ച് ജനറലായിട്ട് അദ്ദേഹം ഒന്ന് കുറച്ച് വാക്കുകൾ പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക സർവത്ര ഗോവിന്ദനാമസം കീർത്തനം രമസുഖദദമൂർത്തിവന്ദ്നസദശം एकं വിമചാക്ഷിഭൂത ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തും നമു പീതം വരമ്പ കരവിരാജത ശംഖചക്രൗ മോദകീ സരസിജം കരുണാസമുദ്ര രാധാസഹായമതിസുന്ദരമന്ദ്രോവിനം ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പന്റെ അതിമനോഹരമായ ലീലകളാണ് നമ്മൾ കേട്ടു വരണത് ഭാഗവത കഥകളിൽ വളരെ പ്രാധാന്യവും രസവും ഒക്കെ നിറഞ്ഞതാണ് ദശമസ്കന്ധ കഥകള് ചിത്തവൃത്തി നിരോധം എന്നിങ്ങനെ ദശമസ്കന്ധ ലക്ഷണം കല്പിച്ചിരിക്കുന്നു ചിത്തവൃത്തികളെ അടക്കി മനസ്സിന്റെ വികാര വിചാരങ്ങൾ അതിനെയാണ് ചിത്തവൃത്തികൾ എന്ന് പറയുക രാമകൃഷ്ണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് കുട്ടിക്കുരങ്ങൻ്റെ പോലെ നാൾ വലിയ വലിയ കുറങ്ങന്മാര് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും ഇത് കണ്ട് കുട്ടി കുരങ്ങന്മാരും ചാടും വലിയ കുരങ്ങന്മാർക്ക് ചാടിയാൽ എത്തും അടുത്ത ജില്ലയിൽ പിടിക്കും അത് ആ മരത്തിലേക്ക് കയറിപ്പോവും കുട്ടിക്കുരങ്ങന്മാർ ചാടും എത്തില്ല താഴെ വീഴുക താഴെ വീണു എന്നാൽ ഏത് മരത്തിലേക്കാണോ കയറേണ്ടത് അതിലേക്ക് കയറുക അത് തോന്നില്ല ഏത് മരത്തിനിന്നാണോ ചാടിയത് അതിലേക്ക് തിരിച്ചു കയറുക വീണ്ടും ചാട് കുറച്ച് കഴിഞ്ഞാൽ അത് വലുതാവൂലോ അങ്ങനെ വലുതായിട്ട് ഒരിക്കൽ ചാടി എത്തി പിടിക്കുമ്പോൾ അതിനൊരു സന്തോഷം ഇങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു സ്വഭാവം അതേപോലെയാണ് മനസ്സ് പിടിച്ചു നിർത്തിയാൽ അതവിടെ നിൽക്കില്ല മനസ്സിനനുസരിച്ച് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും മനസ്സിന്റെ പിന്നാലെ ഇന്ദ്രിയങ്ങള് പോവും അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങള് മനസ്സിനെ പിടിച്ചുകൊണ്ട് പോവും ഇനി ഇന്ദ്രിയങ്ങളുടെ സഹായമൊന്നും മനസ്സ് നിന്റെ വഴിക്ക് പോവും മനസ്സങ്ങനെ പൊക്കോട്ടെ എന്ന് പറയുക അതിനെ പിടിച്ചു നിർത്താൻ നോക്കിയാൽ ആ കുഴപ്പം പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും ഇഭരാടിവ ഭിന്ന സേതുഹു എന്നിങ്ങനെ ഗോപികുമാര് ഭഗവാന്റെ അടുത്തേക്കുള്ള ഒരു വരവിനെ കുറിച്ച് പറയുന്നുണ്ട് അണകെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള വെള്ളം അത് നിൽക്കുമ്പോൾ വലിയ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കും എന്നെങ്കിലും ഒരിക്കലും അണക്കുകെട്ട് പൊട്ടിയാൽ ഏത് കെട്ടാണോ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തിയത് അതുപോലെ അതുപോലും പിന്നെ ആ വെള്ളത്തിന് മുമ്പിലൊരു തടസ്സമല്ല അതിനെയും ഒഴുക്കി കൊണ്ട് ഈ വെള്ളം വരും ഇങ്ങനെ ഗോപികുമാരുടെ ഒരു പ്രവാഹം ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ വന്നാൽ അതിനെ ഒഴിവാക്കി കൂടുക രണ്ടു രീതിയിൽ ഒന്ന് ചിന്തിച്ചിട്ട് മറ്റൊന്ന് അനുഭവിച്ചിട്ട് ചിന്തിച്ചു ഒഴിവാക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുക ഒരാഗ്രഹം ഒഴിച്ച് ബാക്കിയൊക്കെ ചീത്തയാ ഭഗവാനെ കിട്ടണം അതാണ് ആഗ്രഹമെങ്കിൽ അത് നല്ലതാവും അതൊഴിച്ച് ബാക്കിയൊക്കെ കിട്ടണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതൊക്കെ ചീത്തയാവും അതെവിടെയെങ്കിലും ചെന്ന് നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും ഇത് കാണാൻ സാധിക്കണം അനുഭവിച്ച് ചില ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ കുഴപ്പത്തിലാണ് കൊണ്ടുപോയി എത്തിക്കുക ചിന്തിച്ച് അതിന് ഒഴിവാക്കി വിടാ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ വേഗം നേടിയെടുത്തുവിടുക ഇപ്പൊ മനസ്സിലാവും ഇത് അപകടമാണെന്ന് അപ്പൊ അതിനെ അവിടെ വെച്ച് ഉപേക്ഷിക്കാം അതല്ലാതെ ഒതുക്കി വെച്ചാൽ പിന്നൊരിക്കലും ഈ മനസ്സിലെ ആഗ്രഹങ്ങൾ പുറത്തു വരാനിടയായാൽ പിന്നെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക ചിലവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്നതൊക്കെ കണ്ടാൽ വേറെ ചിലവർ തീരുമാനിക്കും ഞാനില്ല ഈ പൊല്ലാപ്പിന് അതിന് തീരുമാനിച്ച് കല്യാണമൊക്കെ വേണ്ടെന്ന് വിചാരിച്ച് വയസ്സ് എഴുപതായി എൺപതായി എൺപത്തഞ്ചായി ഇപ്പൊ നടക്കാൻ വയ്യ കല്യാണം കഴിച്ച് ചിലവർ ജീവിക്കുന്നത് കണ്ടിട്ടാണ് ഇത് വേണ്ടാന്ന് വെച്ചത് ഇപ്പൊ കല്യാണം കഴിച്ചവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അവര് വയ്യാതായി അവർക്കും വയ്യാണ്ടായിട്ടുണ്ട് പക്ഷെ അവര് പിടിച്ചുകൊണ്ട് കിടക്കാൻ ഒരാളൊക്കെ ഉണ്ട് ഇവിടെയോ ഇവിടെ എൺപത് വയസ്സ ഒറ്റ തടി ഇപ്പൊ തോന്നിട്ടൊരു കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു തോന്നിയിട്ട് പറയുന്ന കാര്യമുണ്ടോ ഇപ്പൊ ഇത് പുറത്ത് വരണത് വലിയ കുഴപ്പമായിട്ടാ ഈ നിനക്ക് എൺപത് വയസ്സുകാരന് ഈ വയസ്സിൽ തോന്നേണ്ട തോന്നലാണോ ഈ ആൾക്കുള്ളത് എന്നിങ്ങനെ മറ്റുള്ളവരും കൂടി ചോദിച്ചു കൊടുക്കും ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളാവാം അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷെ അത് ഭഗവാനിലേക്ക് ആയിരിക്കണം വിവേകാനന്ദ സ്വാമികൾ പറയണം ഒരു പെടപ്പുണ്ടാവണം മനസ്സിനെന്ന് പറയാ കണ്ട് ഒരു ശിഷ്യനായിട്ടൊരാള് വിവേകാനന്ദ സ്വാമികളുടെ പിന്നാലെ കൂടി അതിന്റെ ഉദ്ദേശം ഭഗവാനെ കാണുക എന്നുള്ളതാ രമണ രാമകൃഷ്ണ പരമഹംസരെ വന്ന് തൊട്ടടൊക്കെയാണ് വിവേകാനന്ദ സ്വാമികൾ ഭഗവാനെ കണ്ടത് അതേപോലെ ദേഹത്തിനെ തൊട്ടാ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു തൊടാൻ പറഞ്ഞാലല്ലേ പോയി തൊടാൻ പറ്റുള്ളൂ നാരും കാണിച്ചു തരും എന്നുള്ളൊരു വിശ്വാസ കുറച്ചു കാലായി ഇപ്പൊ നാര നടപ്പ് തുടങ്ങിയിട്ട് അവസാന ശിഷ്യൻ ഗതി കെട്ടി ചോദിച്ചു എത്ര കാലമായി ഒന്നുകിൽ ഭഗവാനെ കാണിച്ചു തരില്ല എന്ന് പറയുക എന്നാ ഞാൻ പൊക്കോളാം അതല്ലെങ്കിൽ കാണിച്ചു തരുക വരട്ടെ വരട്ടെ ഇതും പറഞ്ഞു തുടങ്ങി കുറെ ദിവസമായി എന്താ അങ്ങയുടെ ഉദ്ദേശം ഒരു ശിഷ്യൻ ഗുരുനാഥനോട് ചോദിക്കുന്ന ചോദ്യാ അപ്പൊ തന്നെ വിവേകാനന്ദ സ്വാമിക്ക് ഇയാളെ കണ്ടാറിയാം ഒരു വിവേകം ഇല്ല ആനന്ദ് അനുഭവിക്കയാളെ കുറച്ചുനാളത്ത് തീർത്ഥാടനം കൊണ്ട് ആവും വിചാരിച്ചിട്ടായി കൂടെ കൊണ്ടുനടന്നത് ഇപ്പോഴും മോഹമൊക്കെ ഉണ്ട് നാളെ കാലത്ത് കാണിച്ചുതരാം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചായി ഗുരുവായൂരപ്പനെ കാണിച്ചു തരില്ലേ വിളിച്ചാവുമ്പോൾ എണീറ്റ് കഴിക്കാം ഗുരുവായൂരപ്പനെ കാണല കുളിയൊക്കെ കഴിയട്ടെ കുളിക്കാൻ പോവാന്ന് പറഞ്ഞ് കുളിക്കാൻ കൊണ്ടുപോയി അങ്ങനെ നദിയിൽ വിവേകാനന്ദ സ്വാമികളെ മുങ്ങി വരണം ഇയാൾ കരയ്ക്ക് നോക്കി നിൽക്കണം കയറി വന്നപ്പോ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു ഗുരുവായൂരപ്പനെ കാണിച്ചു തരില്ലേ കേടുപ്പോ ഞാൻ കുളിച്ചായിരുന്നല്ല തന്റെ ഗുളിയും കൂടി കഴിയട്ടെ ഓ അപ്പൊ അയാളിറങ്ങി മുങ്ങി മുങ്ങിയ കൂട്ടത്തില് വിവേകാനന്ദ സ്വാമികൾ ഇറങ്ങി വന്ന് ഇയാളെ കുറച്ചു നേരം മുക്കി പിടിച്ചു വെള്ളത്തിന് മുക്കിപ്പിടിച്ച അവസാനം ഇനി കഴിയും ഉറപ്പായപ്പോ പതുക്കെടുത്ത് കരയിലിക്കെട്ടു കരയിലിക്കിടപ്പൊ ശിഷ്യൻ ആകെ ശ്വാസം മുട്ടി പടഞ്ഞ് വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുക ഒന്നുകിൽ കാണിച്ചു തരില്ലാന്ന് പറയേ അതല്ലാണ്ട് വെള്ളത്തിന് മുക്കി കൊല്ലാൻ നോക്കുക ഇപ്പൊ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു വെള്ളത്തിന് മുക്കി ഒരു പെടപ്പ് തോന്നിയില്ലേ പിന്നെ പിടയ്ക്കാണ്ടിരിക്കുവോ ആ പെടപ്പുണ്ടാവണം ആ പെടപ്പ് എപ്പോ ഭഗവാനെ കാണണമെന്ന് പറഞ്ഞത് തനിക്കുണ്ടായിയോ അപ്പൊ ഒരാളുടെ ഈ സഹായം മുമ്പിൽ വരും അപ്പോഴാണ് അയാൾക്ക് താൻ തീർത്ഥാടനം ചെയ്ത് വെറുതെ എന്ന് മനസ്സിലായി കാരണം ഈ ഒരു പടപ്പോട് കൂടിയിട്ടൊന്നുമല്ലേ എന്തെങ്കിലും കാണാൻ പറ്റും എന്നൊരു ചെറിയൊരു വിശ്വാസം ഇത്രയായിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ ആ വിശ്വാസം ഉറച്ചു വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യനായി അദ്ദേഹം ഭഗവാനെ കണ്ടു ഇങ്ങനൊരു പെടപ്പാണ് ഭഗവാനെ കാണാൻ വേണ്ടി ഉണ്ടാവേണ്ടത് അതില്ലാതെ കുറെ ആശ്രയിച്ചത് കൊണ്ട് നാമം ജപിക്കണോ ഉപാസനയുണ്ട് ഭാഗവതം കേൾക്കണം ഒറ്റ സപ്താഹം ഇടാണ്ട് ഞാൻ കാണും എൺപത്തിയെട്ടാമത്തെ സപ്താഹം എന്നിട്ടിപ്പോ എന്തുണ്ടായി എന്തുണ്ടായി ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും അറിയില്ല ഓരോ സപ്താഹം കഴിഞ്ഞാലും ഓരോ ആഴ്ച കിടപ്പാ ഊണ് കഴിച്ചിട്ടെ ഇങ്ങനെയൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ അതിനെയൊക്കെ പറ്റുള്ളൂ അതൊരു സത്യ ആദ്യം വരണോ സ്വയം വര കല്യാണത്തിന്റെ അന്നാണ് ഫോണെന്നറിയ അന്ന് വരും പിന്നെ അവസാനത്തെ ദിവസം വരും പിന്നെ കുറേശ്വേ കുറേ പിന്നെ പന്ത്രണ്ടാധ്യായം കേട്ടാലെല്ലാം കേട്ട ഫലം അന്ന് വരും പിന്നെ എന്താണ് നടക്കണതെന്ന് അറിയാൻ ആദ്യ ദിവസം അറ്റൻഡൻസ് വെക്കാൻ വരും ഇങ്ങനെയൊക്കെയാണ് വരുക ഇങ്ങനെയൊക്കെ തന്നെയാ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഗുരുവായൂർ ദിവസം പുസ്തകം ഉണ്ടെന്ന് കേട്ടോ അതും വാങ്ങി കൈപ്പിടിക്കും പിന്നെ കുറെശം നോക്കിയിരിക്കും അത് കഴിഞ്ഞാൽ നോട്ട് എഴുതി തുടങ്ങി നോക്കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടൊരു ഇരിപ്പമുണ്ട് ഇങ്ങനെയൊക്കെയാ പടിപടി ആയിട്ടുള്ള ഒരു കയറ്റം ആണത് ഇങ്ങനെയൊക്കെയാണ് നമ്മളും ഭാഗവതത്തിലേക്ക് സമീപിക്കുക പരീക്ഷത്തിന്റെ പോലെ ഇപ്പോഴും ഭാഗവതം കേക്കാറായി എൺപത്തെട്ടെണ്ണം കേട്ടു പക്ഷെ കൃത്യമായിട്ട് എട്ടരയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇയാൾക്ക് കാപ്പി കുടിക്കണം എന്നൊന്നുമില്ലേ വായനക്കാരനെ ചിത്ത് പറഞ്ഞു തുടങ്ങും അത്രയേ ആയിട്ടുള്ളൂ ദേഹബോധം എളുപ്പമല്ല എപ്പോ ദേഹബോധം ഇല്ലാതാവണോ അപ്പൊ ആത്മബോധം ഉണ്ടാവും എപ്പോ ആത്മബോധം ഉണ്ടാവണോ അപ്പൊ ദേഹബോധം ഇല്ലാതാവും രണ്ടും കൂടി ഉണ്ടാവാൻ കുറച്ച് ആ രീതിയിൽ ഭഗവത് ഉപാസന എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കണം വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലതും കണ്ടറിയേണ്ടതുണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ളതാണ് ജീവിതം എന്ന യാത്രയിലെ ഓരോരോ അനുഭവങ്ങളും നല്ലത് വന്നാലും ചീത്ത വന്നാലും ഭഗവാനെ ഭജിക്കാറാവുക എന്നുള്ളത് ആദ്യം ഗോപികുമാരാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പരമാനന്ദോവിന്ദ ഭഗവാൻ അടുത്തുള്ളപ്പോ ഗോപികുമാർക്ക് എന്തെന്നില്ലാത്ത ആനന്ദം അവരനുഭവിക്കണം എന്നാൽ ഭഗവാൻ ഗോപാലനത്തിന് പോകുമ്പോ ക്ഷണം യുഗശതമിവ ഒരു നിമിഷം അത് നൂറ് നൂറ് യുഗങ്ങളുടെ ദൈർഘ്യമുള്ളതുപോലെയാണ് അവരുടെ അനുഭവം ഇങ്ങനെ ഭഗവാൻ അടുത്തുള്ളപ്പോ സന്തോഷം അകലെയാകുമ്പോ നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന ഒരു പെടപ്പ് അതാ ഗോപികുമാരുടെ ഉള്ളിലുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഗോപികുമാരുടെ ഉയർന്നുയർന്നുയർന്നു വരുന്ന ഭക്തി കണ്ടിട്ടാണ് ഇനി നാരദൻ എഴുതി വെക്കിയ ഭക്തി സൂത്രത്തിൽ യഥാ വ്രജവല്ലവീണ ഭക്തിക്ക് ഉദാഹരിക്കാൻ വേറെ ആരുല്ല ഈ ഗോപികുമാര് മാത്രമേയുള്ളൂ എന്നിങ്ങനെ നാരദൻ ഈ ലോകത്തിലെ എത്രയോ എത്രയോ ഭക്തന്മാരുണ്ടായിട്ടും അവ്രതാഹ്തപസഹ ഒരു വ്രതവും അനുഷ്ഠിക്കാത്ത ഒരു തരത്തിലുള്ളതായ തപസം ചെയ്യാത്ത ഗോപികുമാരുടെ പേര് ഭക്തിയുടെ ഉദാഹരണമായിട്ട് എഴുതി വച്ചുവെങ്കിൽ അവരുടെ ഭക്തിയുടെ നിറവാണ് അതിന് കാരണം പ്രാർത്ഥനയിലൂടെ ഗോപികുമാര് ഭഗവാനെ സ്വന്തമാക്കണം രാസലീലയുടെ ലീലയിലൂടെ നമുക്ക് കാണിച്ചു ഒരു ഗോപിക ആവാൻ എങ്കിലും മോഹിക്കുക നമ്മളൊക്കെ പക്ഷെ ആ മോഹങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനെ വല്ല മോഹങ്ങൾ ഉണ്ടാവാറുണ്ടോ ഒരു ഗോപിക കുറച്ച് ഭക്തി ഉണ്ടാവണം നാമം ജപിക്കാൻ സാധിക്കണം ഇതൊന്നും മോഹിക്കാൻ തോന്നാറേ ഇല്ല എന്നാൽ ഗോപികുമാരോ വെണ്ണ വിൽക്കുന്നതിന് പകരം പാല് വിൽക്കുന്നതിനു പകരം ആ വെണ്ണ വേണോ പാല് വേണോ ചോദിക്കുന്നതിന് പകരം രാമനെ വേണോ കൃഷ്ണനെ വേണോ എന്ന് ചോദിച്ചു നടന്നു അതിന്റെ പേരിൽ ഗോപികുമാർക്ക് കൃഷ്ണൻ സ്വന്തമായി ഇങ്ങനെ ഭഗവാൻ എല്ലാവർക്കും എല്ലാവർക്കും സ്വന്തം വിശ്വാസത്തിന്റെ കുറവാണ് ഭഗവാനെ കിട്ടാൻ ഒരു തടസ്സമായിട്ട് നൽകണത് ആ വിശ്വാസം എന്നുള്ളത് ഉറയ്ക്കണം ഏത് രീതിയിൽ വിശ്വാസം ഉറയ്ക്കും ഇങ്ങനെയൊക്കെ നാമം ജപിച്ചു തുടങ്ങിയാൽ കഷ്ടകാലങ്ങൾ അപ്പതരും ഭഗവാൻ എന്തിനായി കഷ്ടകാലം തരണത് അപ്പോഴേ നാമം ജപിക്കരുവാൻ തന്നെ കുന്തി ദേവിയുടെ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി കുന്തി ദേവിയുടെയാ തന്നെ കുന്തി ദേവി പറയണു വിപതസന്തു നശസ്വൽ തത്ര തത്ര ഇടയ്ക്കിടയ്ക്ക് തരണം ഇടയ്ക്കിടയ്ക്ക് തന്നാൽ പോരാ അടുക്കി അടുക്കി തരണം ഒന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ അടുത്ത ആപത്തുണ്ടാവണം എന്തുകൊണ്ട് ആപത്ത് വന്നാൽ ഉള്ളു തട്ടി കൃഷ്ണന്ന് വിളിക്കും അപ്പോഴാണ് നമ്മൾ വിളിക്കുക എന്റെ ഗുരുവായൂരപ്പന്നും പറഞ്ഞു ആ ആപത്തുകൾ തീരും അതോടുകൂടി തീർന്നാലോ പിന്നെ സംഭവത്ത് വന്നാൽ അമ്പട ഞാനേ എന്നും പറഞ്ഞിട്ടുള്ളൊരു നിൽപ്പ പിന്നൊരു ചോദ്യം ഭഗവാനെ ആശ്രയിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്നെ കൊണ്ട് കൂട്ടിയിട്ട് പറ്റാണ്ട് ഭഗവാന്റെ ചെറിയൊരു സഹായം കൂടി ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചോളാം ഈ സഹായം കൂടി ഉണ്ടെങ്കിൽ കൊണ്ട് പറയിപ്പിക്കണത് തന്നെ ഭഗവാനാ അതുപോലും ചിന്തിക്കില്ല ഒക്കെ ഞാനാണെന്നുള്ള അഹങ്കാരം അത് തന്നെ തന്നെ തോന്നും ആ തോന്നൽ കഷ്ടകാലത്തെ ഭഗവാൻ ആദ്യം കൊണ്ടുവന്ന് തര അപ്പൊ വീണ്ടും വീണ്ടും വീണ്ടും ഭജിക്കും ഭജനത്തിന്റെ രസമറിയും അത് കഴിഞ്ഞാലോ പിന്നെ നല്ല കാലം തന്നാലും ഭഗവാനെ മറക്കില്ല ഭഗവാൻ തന്ന പ്രസാദമാണ് ഇതൊന്നും മനസ്സിലാവും ആ പ്രസാദ ഭാവനയിലേക്ക് എത്താൻ വേണ്ടി ഭഗവാൻ ഓരോ തരത്തിലുള്ള കഷ്ടകാലങ്ങൾ എന്തേലും ചോദിക്കാനാണ് നമുക്ക് മോഹം പക്ഷെ ആ സമ്പത്തുകളെ ചോദിച്ച് ഭഗവാന്റെ അടുത്ത് നമുക്ക് കിട്ടാറുണ്ടോ ഓരോന്ന് ചോദിക്കാതെ നടക്കുന്നവർക്ക് കിട്ടണം നാമം ജപിക്കാതെ നടക്കുന്നവനും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുന്നുണ്ട് നമ്മൾ എല്ലാ സപ്താഹത്തിനും പോകുന്നുണ്ട് കഷ്ടകാലത്തിനും ഒരു കുറവുമില്ല അപ്പൊ നമ്മൾക്ക് ഒരു ചോദ്യമുണ്ട് ഗുരുവായൂരിപ്പിനോട് എന്നോട് മാത്രം എന്താ ഇങ്ങനെ ഞാൻ എന്തു ചെയ്തു ചെയ്തിട്ടാ നാമം ജീവിക്കാത്ത കുറവാണോ വഴിപാട് കഴിക്കാതെ കുറവാണോ ഉള്ള കഷ്ടകാലത്തെ പാ ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ കഷ്ടകാലായിട്ട് തന്ന് തീർക്കുകയാണ് ഭഗവാൻ അത് മനസ്സിലാവില്ല എന്നിട്ട് പരാതി പറയാൻ ചെല്ലും ഭഗവാനോട് എന്താ അത്ര വിശ്വാസ കുറവ് എന്നാണ് ചോദ്യം സുഖങ്ങള് അത് കിട്ടാത്ത ഞാനാണല്ലോ ഈ സങ്കടം ദുഃഖങ്ങള് നിങ്ങൾ ആരും ചോദിച്ചതാണോ ഇത് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു കഷ്ടകാലം അവിടെ ഉണ്ടാവണേ ആരും ചോദിക്കാതെ ചിലത് വരണു വെളിച്ചാവുമ്പോ പേപ്പർ വായിക്കുമ്പോ അയ്യോ എന്ന് പറയാനേ നേരളൂ ഈ നിലയ്ക്ക് ഓരോന്നും ചോദിക്കാതെ ഭഗവാൻ കൊണ്ടുവന്നത് ദുഃഖങ്ങൾ തരണമെങ്കിൽ സുഖം ഗുരുവായൂരപ്പൻ ചോദിക്കാതെ തരും എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് വിശ്വാസം വരണില്ല ആ വിശ്വാസ ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖങ്ങളും കിട്ടാത്തത് പരമാനന്ദ സുഖം എന്നുള്ള നിലയ്ക്കുള്ള ഗുരുവായൂരപ്പനെയും ഇതുവരെ കിട്ടാത്തത് സുഖം എവിടെയും തേടുന്നതിന് പുറവൊന്നുമില്ല വെളിച്ചാൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നുണ്ട് എന്തിനായി അധ്വാനിക്കാൻ സമ്പാദിക്കാനാ എന്നിട്ട് എന്തിനാ സുഖമായിട്ട് ജീവിക്കാലോ ഇത് പറയണത് തന്നെ ഒരു കുറവില്ല കളിച്ചായിട്ട് ചുരുക്കത്തിന് ജോലിക്ക് പോണത് എന്തിനാന്ന് ചോദിച്ചാൽ സുഖാവാൻ വൈകുന്നേരം ആകെ അവശനായിട്ട് തിരിച്ചു വരും എന്ത് ഒരു സുഖല്ല പിറ്റേ ദിവസം ഈ പറഞ്ഞ ആതന്നെ ജോലിക്ക് പോകും വൈകുന്നേരം ആയാൽ എന്തുപറ്റി ഒരു സുഖല്യാ ഇങ്ങനെ ഒരു സുഖമില്ല ഒരു സുഖമില്ലാന്ന് പറയണ കുറെ ദിവസങ്ങൾ കഴിഞ്ഞാൽ വലിയ ഒരു ഉണ്ടാവുന്നല്ലാതെ വലിയൊരു സുഖമൊന്നും ഉണ്ടാവാൻ പോണില്ല പിന്നെ ഒരു തിരിഞ്ഞു നോക്കല് എത്ര കാലം കഷ്ടപ്പെട്ടു എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായിന്ന് അല്ലാതെ ഒന്നും നേടിയതായിട്ട് കാണില്ല എന്നാൽ ഭഗവാൻ അടുത്തേക്ക് തിരിഞ്ഞാൻ പുറപ്പെടുമ്പോഴാണ് അപ്പഴേ ഒരു സുഖല്യായക തോന്നുള്ളൂ ഒരു സുഖലയായക ഉണ്ട് അതിനെ സാധാരണ എട്ട് മണിക്കായി നീക്കിയച്ചാൽ സപ്താഹൊക്കെ ആകുമ്പോൾ ആറു മണിക്കാണ് നീക്കണായി ഇപ്പൊ രണ്ടു മണിക്കൂർ നേരത്തെ ഉറക്കം പോവും ഒരു സുഖല്യായ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ മഴ ഈ വക പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഒരു ടെൻഷൻ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് എ സി ഉണ്ട് ഇതൊന്നും പോരാതെ എന്നാലും ചൂടിന് കുറവില്ല ആ ചൂട് ഉള്ളുന്ന് വരണതാ നിർത്തിയിട്ട് വേണല്ലോ പോവാൻ ഇങ്ങനെയുള്ളൊരു പെടപ്പ് അതുണ്ട് ലൗകികമായ ചിന്തകളെ വിചാരിക്കുമ്പോൾ അതേ പെടപ്പ് ചിലപ്പോ അവിടെ പോയി ഉണ്ടാവും വെളിച്ചായിട്ട് വേണല്ലോ സപ്താഹത്തിന് പോകാന് ആ പെടപ്പാണ് ഉണ്ടാവേണ്ടത് സ്വതേ സപ്താഹൊക്കെ കഴിയുമ്പോഴേക്കും രണ്ടു തരത്തിൽ തോന്നലുണ്ട് കഴിഞ്ഞുമല്ലോ രണ്ടു തരത്തിലാ തോന്നൽ അതുപോലെ ഒരു തരത്തിലുള്ളത് വളരെ നല്ലതാ കഴിഞ്ഞല്ലോ സപ്താഹം ഇനി എവിടുന്നാ കേൾക്കാൻ സാധിക്കുക ആ കഴിഞ്ഞൂല്ലോ എന്നാ തോന്നേണ്ടത് വേറെ ചിലവർക്ക് തോന്നും ഹാവു കഴിഞ്ഞൂല്ലോ ഇനിയിപ്പിലത് കേക്കണ്ടു എന്നിങ്ങനെ ഒരു തോന്നലുണ്ടാവണേച്ചാലത് മാറണം ഭഗവാന്റെ അടുത്തേക്ക് വരാനുള്ളതായ ത്വരാ കുതിപ്പ് അതുണ്ടായാൽ എവിടെയാണ് ഭഗവാൻ എന്ന് അന്വേഷിച്ച പോലെ ഒരു ഭക്തി ഉണ്ടായാൽ അപ്പൊ ഭഗവാൻ മുമ്പിൽ എത്തിച്ചേരും ഏത് രീതിയിൽ ഭഗവാൻ എന്നൊരു പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത് ഗവികമാരുടെ ഉള്ളില് കുറെ കുറെ ഒക്കെ അറിയുമ്പോൾ തോന്നണത് കല്ലോമുള്ളോ കാലുകൾ തട്ടി അവരുടെ കാലു വേദനിക്കുന്നുണ്ടോ അതവര് ശ്രദ്ധിക്കണില്ല കൃഷ്ണന്റെ കാലില് കൊണ്ടാലോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൃഷ്ണ ഒളിഞ്ഞു നടക്കുവല്ലേ ഈ കാട്ടിൽ എത്ര കല്ലുണ്ട് മുള്ളുണ്ട് ഭഗവാന്റെ കാലില് കൊണ്ടാൽ അത് കൃഷ്ണനൊരു വേദനയാവില്ലേ കൃഷ്ണനെ വേദനിപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ എന്ത് കാര്യം നമ്മളൊക്കെ സ്നേഹിക്കണോ കൃഷ്ണനെ നമുക്ക് വേണ്ടി കൃഷ്ണന്റെ ഒരു വേദന ഉണ്ടാവരുത് എന്ന് കോപികമാർ ചിന്തിക്കുമ്പോഴാണ് കൃഷ്ണൻ മുമ്പിൽ വരിക ആ രീതിയിൽ വേണ്ടി വേദനിക്കാറാവണം അതല്ലാതെ നമ്മളുടെ വേദനകൾ പറയിലേ നമ്മൾ പതിവുള്ളൂ പിറന്നാളുകൾക്ക് ഓടി ഓടി വരണോ പുഷ്പാഞ്ജലികൾ കഴിക്കണം എല്ലാവരും ഒരേപോലെ ഉണ്ടാകുന്ന ഒരു ആഘോഷമുണ്ട് ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി ആ ദിവസം ആരെങ്കിലും പോയിട്ട് ശ്രീകൃഷ്ണൻ അഷ്ടമി രോഹിണി പറഞ്ഞിട്ട് ആരെങ്കിലും പുഷ്പാഞ്ജലി കഴിക്കാറുണ്ടോ ഒരാളും പതിവില്ല ഭഗവാൻ ഇപ്പൊ പുഷ്പാഞ്ജലി വെച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ നമുക്ക് ആവശ്യമുണ്ടായി അതുകൊണ്ട് നമ്മുടെ പേര് നാളും പറഞ്ഞാളിന് തന്നെ പുഷ്പാഞ്ജലി ആയിട്ട് ചെല്ലും ഗുരുവായൂരപ്പന്റെ പറഞ്ഞാളിന് നമ്മളാരും അന്ന് വേണമെങ്കിൽ നമ്മുടെ പേരില് കഴിക്കുന്നല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ പേരില് പുഷ്പാഞ്ജലി ഒന്നും പതിവില്ല അത്രയ്ക്കൊക്കെ എത്തിയിട്ടുള്ളൂ മനസ്സ് ഭഗവാൻ വേണ്ടിയിട്ടാവണം എല്ലാം കായേന വാച്ച മനസ്സാ ഇന്ദ്രികയർവ ബുദ്ധിയാ ആത്മനാവ എന്നിങ്ങനെ ഏകാദശ സ്കന്ധത്തിൽ വേണ്ടി കേൾക്കാം എത്രയൊക്കെ വഴികളുണ്ട് ഇവിടെ ഇന്ന വഴിയിലൂടെ ആശ്രയിക്കാവുന്ന പറയണില്ല ഭാഗവതധർമ്മം തന്നെ ഏതു വഴിയിലൂടെയും ഭഗവാനെ ആശ്രയിക്കാം എന്നുള്ളതാണ് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഇതൊന്നും വയ്യ വെറുതെ ഇരുന്ന് ചിന്തിക്കാലോ ബുദ്ധി കൊണ്ട് മതി എന്തെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള ഈ മനസ്സ് അതിനെ തിരിച്ചുവിട്ടാൽ മതി ഏനഗേനാ പ്യുപായേന മനകൃഷ്ണേശ ഏതെങ്കിലും ഒരു വഴിയിലൂടെ മനസ്സിനെ കൃഷ്ണനിലേക്ക് തിരിച്ചുപിടും ആ ഭഗവാൻ മനസ്സിലേക്ക് കയറി വരും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ മനസ്സ് കൃഷ്ണനിലേക്ക് എത്തും അതാണ് നല്ലതെന്ന് പറയുക മനസ്സിലേക്ക് കൃഷ്ണനെ കൊണ്ടുവരാൻ പുറപ്പെട്ടാൽ മനസ്സ് കയ്യില് കിട്ടിയിട്ട് അതിനെ പിടിച്ച് നിർത്തിയിട്ട് വേണല്ലോ കൃഷ്ണനെ അവിടെ കൊണ്ടിരുത്താൻ അതിന് മനസ്സിനെ കൃഷ്ണനിലേക്ക് വിടുക ആ മനസ്സ് കൃഷ്ണപാതങ്ങളിലേക്ക് എത്തിയാൽ പിന്നെ അതിലേക്ക് ആവശ്യമില്ലാത്തത് വന്ന് കയറില്ല പറയുന്നു ഞാൻ നോക്കിക്കോളാം ഒരേ കാര്യമേ വേണ്ടു തീവ്രേണ ഭക്തിയോഗേന മനോമയർപ്പിത്തം സ്ഥിരം തീവ്രമായ ഭക്തിയോടുകൂടി മനസ്സിനെ എന്നിലേക്ക് അർപ്പിക്കുക വല്ലപ്പോഴും പോരാ സ്ഥിരമായിട്ട് വേണം അങ്ങനെയാണെങ്കിൽ ആ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ദുർവികാരങ്ങൾ കയറി വരാതെ ഞാൻ നോക്കിക്കോളാം ഇപ്പൊ കുറെ ദുർവികാരങ്ങളുണ്ടല്ലോ അതവിടെ ഇരുന്നോട്ടെ അത് വേ അടുത്തേക്ക് എത്തുമ്പോൾ ഏത് വികാരങ്ങൾ ഇറങ്ങിപ്പോണോ അത് പൊക്കോളും എല്ലാ വികാരവും ഭഗവാനിലേക്ക് തിരിക്കും വൈരേണ യന്ത്രപദയാ ശിശുപാല പൗണ്ടസാൽവാദയാ വൈരമെന്ന വികാരം അത്ര നല്ല വികാരം ഒന്നുമല്ല ഭയം എന്നുള്ളത് അത്ര നല്ല വികാരമൊന്നുമല്ല ദേഷ്യം എന്നുള്ളത് അത്ര വലിയ നല്ല വികാരം ഒന്നുമല്ല ആരും കണ്ടുകഴിഞ്ഞാൽ നല്ല രസം ഉണ്ടെന്നൊന്നും പറയില്ല നല്ല രസമായിട്ട് ദേഷ്യം പെടുന്നോട്ട അയാള് പിന്നെ ആരെങ്കിലും പറയൂ പക്ഷെ നവരസങ്ങളിൽ ദേഷ്യം എന്നുള്ളത് ഒരു വികാരമാണല്ലോ ഒരു രസമായിട്ട് അവ അവതരിപ്പിക്കണമല്ലോ എന്തുകൊണ്ട് അത് രസമാവും ഭഗവാനിലേക്ക് തിരിയുമ്പോ അതുകൊണ്ടാണല്ലോ ശിശുപാലന്റെ കച്ചയൊക്കെ നമ്മൾ രസമായിട്ട് കേട്ടിരിക്കണത് ദ്വേഷം എന്ന ഭക്തി ശിശുപാലിനെ ഭഗവാനിലേക്ക് എത്തിച്ചു ഭഗവാനിലേക്കാകുമ്പോൾ ഏത് വികാരത്തിനും ഒരു രസമുണ്ട് ഭക്തി ഏതൊരു തരത്തിലു ആവാ ഭയമെന്ന ഭക്തി കംസനെ ഭഗവാനിലേക്ക് എത്തിക്കണം കംസപഥം നമ്മുടെ രസമായിട്ട് കേട്ടിരിക്കണം ഈ രീതിയിൽ ഭക്തിയോട് കൂടിയിട്ടാകുമ്പോഴേ എന്തിനും രസമുണ്ടാവുള്ളൂ ആ രസം എന്നുള്ളത് അനുഭവിക്ക ഭഗവാൻ തന്നെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് സപ്താഹവേദിയിലൂടെ പ്രത്യേകിച്ച് ദശമസ്കന്ധ കഥകളിലൂടെ തൊണ്ണൂറ് അധ്യായങ്ങൾ കഴിയുമ്പോഴേക്കും ശ്രീശിവൻ പറയും ഈ കഥകളെ കേട്ടോളൂ ഈ കഥകൾ പാടാൻ വേണ്ടി എത്രയോ പേര് എല്ലാം എല്ലാം വിട്ടറിഞ്ഞ് യാത്രയായിട്ടുണ്ട് ശ്രീമൽക്കഥ പുകുന്ദശ്രീമൽക്കഥ ശ്രവണ കീർത്തന ചിന്തയതുസ്തരകൃതാന്ത ജവാപവർഗം ഗ്രാമാദ്വനം ക്ഷിതിഭുജോ യുർഥ കാട്ടിലേക്ക് നാടുവിട്ട് പോയിട്ടുണ്ട് എത്രയോ പേര് വെറുതെ കാട്ടിലേക്ക് പോവല്ല മുകുന്ദ ശ്രീമൽ കഥാശ്രവണ കീർത്തന ചിന്തയായി മുകുന്ദനായ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ ചിന്തിക്കാൻ പാടാനൊക്കെ വേണ്ടിയിട്ടാണ് യാത്ര ആര് ഒരു ഗതി ഇല്ലാത്തവർക്ക് കാട്ടിലേക്ക് പോവാ ഒരു ഗതി നാട്ടിൽ ജപിക്കാൻ ആ കാട്ടിൽ പോവാ അങ്ങനെയുള്ളവരല്ല ക്ഷിരിഭുജോപി ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാക്കന്മാര് അവർക്കൊരു സുഖസൗകര്യത്തിനും കുറവില്ല അതൊക്കെ വിട്ടിട്ടാണ് അവര് കാട്ടിലേക്ക് പോണത് നാമം ജപിക്കുക എന്തുകൊണ്ട് ഇതിനേക്കാളെ രസം കാട്ടിൽ നാമം ജപിക്കുമ്പോ ഉണ്ട് രണ്ടേ രണ്ട് അക്ഷരമേ ഉള്ളൂ കൃഷ്ണ എന്ന് പറയാൻ അയ്യോന്നല്ലെ വിളിക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട് അതിനേക്കാളെ എളുപ്പമല്ലേ കൃഷ്ണ എന്ന് വിളിക്കാം എത്രയൊക്കെ സുഖം അനുഭവിക്കാം കൃഷ്ണാനന്ദിൽ അനുഭവിക്കാം ആ ഒരു പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത് എന്നിങ്ങനെയാ ഭാഗവതത്തിലെ ദശമസ്കന്ധ കച്ചകളിലൂടെ ശ്രീശുഖൻ നമുക്ക് വാടിച്ച് കാണിച്ചു തരണം ആ രീതി രുണ്ണി കൃഷ്ണനായ ഭഗവാൻ നമ്മുടെ ഉള്ളിലും വന്നിരുന്ന് വേണുകാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം കോമളം ഗൂജയൻ വേണും ശ്യമോയം കുമാര വേദവേദ്യം പരം ബ്രഹ്മ ഭസത പുരോ മമോവിന്ദമ സങ്കീർത്തനം സുമാമേ നി ഭൂമിമാൻ പുരമാന വിധിമത് ഉപയുരുവ ഭഗവാൻ ഭീഷ്മുമാവൃത്യൂമിമാസവോകൃതം ഇതുപിയം സ്നൃഹേ ഗൃഹേ അഭൂതനന്യഭാ കൃഷ്ണേതുപതോ നൃപ നരാഹാവുണിമുണ്ടിചക്ുപരയോഷ ചിത്രവാസോ സാഷ്യുത്തേതുവരും വിചിത്രമാലയാവരം അമ്പരരത്നതോരണൈ ബഭൂ പ്രീത്വ ജീവതത്വമംഗളൈരാപൂർണകുംഭാരഗുരുവൈ സിക്തമാർഗം മതക്ഷുദ്രാഹൂത പ്രഷ്ഠഭൂഭുജം ഗജൈ ദാസുപരാമൃഷ്ടാബുഗോമശോഭിത കുരുസഞ്ഞ്ജകൈജ വിദത്തയതു കൂരേ തസ്മന്നേ സംഭ്രമാതി പരിധാവതം ദുഃമുനാഹരണം ശ്രുവാീയമാനം തതസ്ത രാജാനഹ രാജഗനാച്ചാവൂർ വിഷവിസ്മിത ത്യാമഭൂരി രാജന്യ മഹാമോപ്രോത്മ്യോ ദൃഷ്ടൃഷ്ടം ശ്രീയസാ ໂໂຫີສັດຍະປັນໂຍສຸດທໂມຍາມະ භුក្រະຍັນ Aha moda puraudasam mennyar mayo pedam drushwa krishtham shriya padim